എബ്രായർ പതിനൊന്നിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മറ്റ് ചിലർ ഏറ്റവും നല്ല ഉയർ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു വേറെ ചിലർ പരിഹാസം ചമ്മട്ടി ചങ്ങല തടവയാലുള്ള പരീക്ഷ അനുഭവിച്ചു കല്ലേറേറ്റു ഈർച്ച വാളാൽ പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയിരുന്നു പ്രിയപ്പെട്ടവർ വിശ്വാസത്തിൻ്റെ അധ്യായമാണല്ലോ ഈ അധ്യായം വിശ്വാസമെന്ന് പറയുമ്പോൾ അതെല്ലാം പ്രാർത്ഥനയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള മറുപടി ലഭിക്കുന്നു എന്നാണ് നമ്മളെപ്പോഴും കരുതിപ്പോകുന്നത് ഇവിടെ നമ്മൾ വിശ്വാസവീരന്മാരുടെയും വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടികളുടെയും കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അതിൻ്റെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മളിപ്പോൾ വായിച്ചെടുത്ത് എന്താ കാണുന്നത് അവിടെ രണ്ട് തരത്തിലുള്ള കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ നോക്കുക പതിനൊന്നിൻ്റെ മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവിടെ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി രാജ്യങ്ങളെ കീഴടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയിൽ നിന്ന് ധനിയലും കാലഘട്ടത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ തീയുടെ ബലം കെടുത്തി വാളിൻ്റെ വായ്ക്ക് തെറ്റി ശക്തി പ്രാപിച്ചു യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി മ ഇത്രയും നമ്മൾ ഈ വായിച്ച ഈ ഭാഗം മുപ്പത്തി മൂന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ഭാഗങ്ങൾ പ്രത്യേകിച്ച് ആരുടെയെങ്കിലും കാര്യങ്ങൾ എടുത്തു പറയാതെ പൊതുവായിട്ട് പൊതുവായിട്ട് കാര്യങ്ങൾ പറയുക ചെയ്യുന്നു വിശ്വാസത്താൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് പൊതുവായിട്ട് പറയുക ചെയ്യുന്നു അങ്ങനെ പൊതുവായിട്ട് പറയുമ്പോൾ അവിടെ എല്ലാം എന്താണ് കാണുന്നത് അവിടെ അവരെ രാജ്യങ്ങളെ കീഴടക്കി നീതി നടത്തി സിമൂഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം അങ്ങനെ ശക്തി പ്രാപിച്ചു സ്ത്രീകൾക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേറ്റ് ലഭിച്ചു ഇങ്ങനെയെല്ലാം വിശ്വാസത്താൽ ലഭിച്ച പോസിറ്റീവായ അതിൻ്റെ റിസൾട്ടുകളെ പറയുന്നത് നമ്മളും ഇന്നത്തെ ക്രിസ്തീയതയിലെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും വിശ്വാസത്തിൻ്റെ ഫലമായിട്ട് അത് ലഭിച്ചു ഇത് ലഭിച്ചു എന്നു പറയും എന്നാൽ ഈ മുപ്പത്തി മുതൽ മുപ്പത്തഞ്ച് വരെ ഉള്ള വാക്യങ്ങൾ കൊണ്ട് അവിടെ കാര്യങ്ങൾ കഴിയുന്നില്ല മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വേറൊരു ചിത്രമാണ് കാണുന്നത് അവിടെ എന്താണ് കാണുന്നത് അവിടെ മറ്റ് ചിലർ ഏറ്റവും നല്ല ഉയർ ഒരു ഉയർത്തെ നേരിൽപ്പ് ലഭിക്കേണ്ട ഉദ്ധാരണം കൈക്കൊള്ളാതെ വേദ്യമേറ്റു അവർ അടിയേറ്റു അവർക്കെന്ത് കിട്ടിയില്ല അതിൽ നിന്നുള്ള കിട്ടിയില്ല വേറെ ചിലരെ പരിഹാസം അനുഭവിച്ചു ചമ്മട്ടയും ചങ്ങലയും തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു അവർക്ക് പക്ഷേ എന്ത് ലഭിച്ചില്ല അവർക്കവിടെ ഒരു വിടുതൽ ലഭിച്ചതായിട്ട് പറയുന്നില്ല വേറെ ചിലരെ കല്ലേറേറ്റു കല്ലേറിൻ്റെ മുമ്പാകെ ദൈവം അത്ഭുതമായിട്ട് അവരെ സൂക്ഷിച്ചു എന്നല്ല പറയുന്നത് വേറെ ചിലർ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ എഷയാവിൻ്റെ ചരിത്രം അറിയാം ഏഷയാവിൻ്റെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തെ ഈർച്ചവാളിനാൽ അർത്തുകൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ബൈബിളിലുള്ളവരും അല്ലാതെ ബൈബിളിൽ പേര് പറയാതെ ഒന്നാം നൂറ്റാണ്ടിൽ ഈ എബ്രായലേഖനം എഴുതുമ്പോൾ ആ കാലഘട്ടത്തിൽ സമകാലികരായ പലരും എന്ത് സംഭവിച്ചു അവർ പലരും ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു പീഡനമേറ്റു വേറെ ചിലരെന്ത് ചെയ്തു ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു കോലാട് ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിക്കും എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ അന്ന് നീറോ ചക്രവർത്തി ഒന്നാം നൂറ്റാണ്ടിൽ പലതരത്തിലുള്ള പീഡനങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത് ഒരല്പം അല്പം എക്സെൻട്രിക് ആയ ഒരാളാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ അരമനയ്ക്ക് തീ കൊളുത്തിയ ശേഷം തീ കൊളുത്തിയ ശേഷം അദ്ദേഹം തന്നെ എന്തു ചെയ്തു അദ്ദേഹം തന്നെ ആരോ ക്രിസ്ത്യാനികളാ തീ കൊളുത്തിയെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ പറഞ്ഞ് പീഡിപ്പിച്ചു നോക്കുക ഒരു വിവരമുള്ള മനുഷ്യനങ്ങനെ ചെയ്യുമോ സ്വന്തം വീടിന് തീ കൊളുത്തി വെച്ച് അപ്പോൾ ഒരല്പ എക്സെൻട്രിക്കായ ആളായിരുന്നു ആ മനുഷ്യൻ എന്ത് ചെയ്തു പീഡനത്തിന് പലതരത്തിലുള്ള പുതിയ പുതിയ മാർഗങ്ങൾ കണ്ടുപിടിച്ചു ഈ ആടുകളുടെ തോൽ ആടുകളുടെ തോലെടുത്ത് ആടുകളുടെ തോലിൻ്റെ അകത്ത് ആളുകളെ പച്ച എന്ത് ചെയ്തു പൊതിഞ്ഞ് കെട്ടി പൊതിഞ്ഞ് ഇട്ടിട്ട് അവരെ വെയിലത്തിട്ടു വെയിലത്തിടുമ്പോഴെന്ത് പറ്റും ഈ ആടുകളുടെ തോൽ അങ്ങ് ഷൃങ് ചെയ്യുമ്പോൾ ഈ ആളുകളും എന്തു ചെയ്തു ഇതിൻ്റെ അകത്തുള്ള ആളുകളും അങ്ങ് പൊടിഞ്ഞ് തകർന്ന് എല്ലുകളുമൊക്കെ പൊടിഞ്ഞ് ആ ഒരു കാര്യത്തെയായിരിക്കാം ഇവിടെ ജടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു എന്നുള്ള കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നു ഞാൻ നോക്ക് പറഞ്ഞു വന്നത് അവർക്കെന്ത് രേഖിച്ചില്ല അവർക്കൊരു വിടുതൽ കിട്ടിയില്ല അവർക്കൊരു വിടുതൽ കിട്ടിയില്ല ദൈവത്തിനായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ഭീകരമായ ഒരു മരണം അതാണോ വിശ്വാസത്തിന് മറുപടി ഇങ്ങനെയാണോ പിന്നീട് ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു കണ്ടോ ഇവിടെയൊക്കെയും നമ്മൾ മുപ്പത്തി മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസത്താൽ രക്ഷപ്പെട്ട ആളുകളുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഇവിടെ ഇതാ മുപ്പത്തഞ്ച് മുതൽ രണ്ട് മൂന്ന് വാക്യങ്ങളിൽ അവരെ വിശ്വാസത്താൽ തന്നെയാണ് അവര് പോയത് പക്ഷെ വിശ്വാസത്താൽ രക്ഷപെടാത്ത ആളുകളുടെ ചരിത്രമാണ് പറയുന്നത് അപ്പം രക്ഷപെടലിൽ മാത്രമല്ല വിശ്വാസമുള്ളത് ഇതാണ് ഞാൻ പറയാൻ വന്നത് മറിച്ച് ജടയാളുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ച് അങ്ങനെ ഒരു മാരകമായ ഒരു മരണത്തിലൂടെ കടന്നു പോകുമ്പോഴും അവര് വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തപ്പം എന്താ സംഭവിച്ചത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ് ചെയ്തത് നമ്മൾ ഒന്നാം നൂറ്റാണ്ടിൽ ആദ്യത്തെ രക്തസാക്ഷിയുടെ കാര്യം പറയുന്നുണ്ടല്ലോ സ്തേഫാനോസ് സ്തേഫാനോസിനെ എന്ത് ചെയ്തില്ല ദൈവം വിടുവിച്ചില്ല പക്ഷേ അത് ദൈവനാമത്തിൻ്റെ മഹത്വമായി ഇവിടെ നമ്മൾ കാണുന്ന ഈ ആളുകളൊക്കെയും വിശ്വാസത്തിൽ തന്നെ മരിച്ചു പക്ഷേ അത് വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിടുതൽ വിശ്വാസത്തോട് ചേർന്ന് എപ്പോഴും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ എപ്പോഴും അങ്ങനെ ഉണ്ടാകണമെന്നില്ല അവരും വിശ്വാസത്താലാണ് നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഫേന്തിമേറ്റും അവരുടെ വി അവരുടെ വിശ്വാസം എന്തായിരുന്നു ഞങ്ങളിപ്പോൾ ഈ ഈ ഫേന്യമേറ്റ് അടിയേറ്റ് കൊല്ലപ്പെട്ടാലും മരിച്ചാലും ഞങ്ങൾക്ക് എന്തോ ലഭിക്കും നല്ലൊരു ഉദ്ധാരണം കർത്താവ് ിക്കും അപ്പം ഇപ്പം കാണാവുന്ന നിലയിലുള്ള ഒരു ഉദ്ധാരണമല്ല അതിനെ ഒരു ബെറ്റർ റിസറക്ഷൻ എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നത് നല്ലൊരു ഉദ്ധാരണമെന്നാണ് പറഞ്ഞേക്കുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞേക്കുന്നത് എന്താ അതിനെ നല്ലൊരു ഉദ്ധാരണമെന്ന് പറഞ്ഞേക്കും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കർത്താവ് ലാസറിനെ ഉയർപ്പിച്ചു മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു പക്ഷേ ലാസർ എന്തിയെ ഇന്ന് എന്ത് ചെയ്യാ ലാസർ ലാസർ പ്രായമായപ്പോൾ മരിച്ചുപോയി നമ്മൾ ഇന്നിപ്പോൾ രോഗക്കിടക്കയിൽ നിന്ന് ഒരാളെ ദൈവം വിടുവിച്ചു വിടുവിച്ചാലും എന്ത് സംഭവിക്കും കുറച്ച് കഴിയുമ്പോൾ അയാൾ മരിച്ചു പോകും മരണത്തിൽ നിന്നൊരാളെ തിരിച്ചു വിളിച്ചു അയാളും എന്തു ചെയ്യും അയാളും അയാളും കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകൂല്ലാസം മരിച്ചു പോയില്ലേ എന്നാൽ കർത്താവിൻ്റെ വരവിൽ ഒരിലുള്ള റിസർവക്ഷനിൽ എന്താ പിന്നെ അത് പിന്നെ മരണമില്ല പിന്നെ അയാൾ ആ പുനരുദ്ധാനത്തിൽ പിന്നെ അയാൾ അയാൾക്കെന്തില്ല മരണമില്ല അതുകൊണ്ടാണ് അതിനെ നല്ലൊരു ധാരണം ബെറ്റർ റിസക്ഷൻ എന്ന് പറയുന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവർ അതിൻ്റെ നാലിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം കണ്ടോ വാളിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട് അതുപോലെ മുപ്പത്തേഴാമത്തെ വാക്യത്തിലും വാളിനെക്കുറിച്ച് പറയുന്നുണ്ട് മുപ്പത്തിനാലിൽ വാളിനെക്കുറിച്ച് പറയുന്നിടത്ത് എന്താ അവർ വിശ്വാസത്താൽ വാളിൻ്റെ വായ്ക്ക് തെറ്റി എന്ന് പറഞ്ഞാൽ വാൾ അവരുടെ നേരെ ഓങ്ങിയപ്പോൾ അവരെ ദൈവം അത്ഭുതമായിട്ട് അതിൽ നിന്ന് രക്ഷിച്ചു വിശ്വാസത്താൽ നടന്ന ഒരു കാര്യം എന്നാൽ മുപ്പത്തേഴിലോ മുപ്പത്തേഴിൽ കാണുന്നു അതിൻ്റെ നടുക്ക് വാളാൽ കൊല്ലപ്പെട്ടു കണ്ടോ മുപ്പത്തിനാലിൽ വാളിൻ്റെ വായിക്കു തെറ്റി വിശ്വാസത്താലാണ് സംഭവിച്ചത് വാളിൻ്റെ മുമ്പിൽ നിന്ന് ദൈവം അത്ഭുതമായിട്ട് അവരെ വിടുവിച്ച് മുപ്പത്തിയേഴിൽ വാളിൽ നിന്ന് വാളിൽ നിന്ന് അവരെ വിടുവിച്ചില്ല വാളാൽ അവർ കൊല്ലപ്പെട്ടു അതേതോ രണ്ടാം തരം കവി കാര്യമായിട്ടോ മോശം കാര്യമായിട്ടോ ആണോ പറഞ്ഞേക്കുന്നത് അല്ല അതും വിശ്വാസത്താൽ തന്നെയാണ് സമയം ഞാൻ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒരു കാര്യം എപ്പോഴും വിടുതലാണ് വിശ്വാസത്തിൻ്റെ ആ ആ നിലയിലുള്ള അംഗീകരണം എന്ന് എന്ന് നമ്മൾ കരുതരുത് ചിലപ്പോൾ വിശ്വാസത്തിൽ തന്നെ വാളാൽ കൊല്ലപ്പെടുന്ന അനുഭവം ഉണ്ടാകാം പക്ഷേ അപ്പോഴും അത് ആ ആളിൻ്റെ വിശ്വാസം കുറഞ്ഞ വിശ്വാസമല്ല വിടുതലിനെ മാത്രമായിട്ടാണ് നമ്മളതിനെ കേന്ദ്രീകരിച്ച് നിൽക്കരുത് നമ്മൾ പലരുടെ അനുഭവങ്ങൾ ബൈബിളിൽ നിന്ന് തന്നെ കാണുന്നുണ്ടല്ലോ നമുക്ക് വളരെ വേഗത്തിൽ ഒന്ന് രണ്ട് വാക്യങ്ങൾ നോക്കാം ഒന്ന് രാജാക്കന്മാർ ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ പത്തൊൻപതാമത്തെ അധ്യായം പത്തൊൻപതാമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിലെ ഏലിയാവിൻ്റെ കഥയാണ് പറയുന്നത് ഏലിയാവിൻ്റെ കഥ പറയുമ്പോൾ ഏലിയാവ് പറയുന്നു പത്തൊൻപതിൻ്റെ ഒന്ന് രാജാക്കന്മാർ പത്തൊൻപതിൻ്റെ പത്ത് അതിന് അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു ഇസ്രായേൽ മക്കൾ നിൻ്റെ നിയമത്തെ ഉപേക്ഷിച്ചു നിൻ്റെ യാഗപീഠങ്ങളെ ഇടിച്ചു നിൻ്റെ പ്രവാചകന്മാരെ വാൾകൊണ്ട് കൊന്നുകളഞ്ഞു ഞാൻ ഒരുത്താൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഏലിയാവ് ദൈവത്തോട് പറയുക ദൈവത്തോട് പറയുക അവിടെ നമ്മൾ ശ്രദ്ധിച്ചോ അന്ന് ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് ഏലിയാവ് മാത്രമല്ല ഉണ്ടായിരുന്നത് വേറെ ആരുണ്ടായിരുന്നു വേറെ പ്രവാചകന്മാരുണ്ടായിരുന്നു ആ പ്രവാചകന്മാരെ എന്തോ ഇല്ല ഇവിടെ തന്നെ പറയുന്നു നിന്റെ പ്രവാചകന്മാർ വാൾ കൊണ്ട് കൊന്നു എന്നാൽ വാൾ കൊണ്ട് കൊല്ലാനായിട്ട് ഇവർ നോക്കിയപ്പം കഴിയാതെ വന്ന ഒരാളുണ്ട് ആരാ അത് അവിടെ തന്നെ പറയുന്നുണ്ട് ഞാൻ എഴുത്താൻ മാത്രം ശേഷിച്ചിരിക്കുന്നു ഏലിയാവിനെ കൊല്ലാനായിട്ട് നോക്കി ആ ഏലിയാവിനെ ദൈവം മരണത്തിൽ നിന്ന് വിടുവിച്ച് ആലു ആ ദൈവം അത്ഭുതമായിട്ട് സൂക്ഷിച്ചു എന്നാൽ മറ്റു പ്രവാചകന്മാർ മോശക്കാരായിരുന്നു കൊല്ലപ്പെട്ട പ്രവാചകന്മാർ മോശക്കാരായിരുന്നു അല്ല ഞാൻ പറയാൻ വന്നത് ദൈവത്തിന് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ഓരോ നിലയിലുള്ള ഉദ്ദേശങ്ങളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് അതിൻ്റെ ഫലമായിട്ട് ദൈവം ഏലിയാവിനെ എന്തു ചെയ്തു ഏലിയാവിനെ മരണത്തിൽ നിന്ന് സൂക്ഷിച്ചു മരണത്തിൽ നിന്ന് സൂക്ഷിച്ച് എന്ന് മാത്രമല്ല അവന് എടുക്കപ്പെടുകയും ചെയ്തു ഏലിശാവ് അന്ന് കണ്ടതും ഒക്കെ നമുക്കറിയാമല്ലോ എൻ്റെ തേരും അവനെ എടുത്തു മരണം മറ്റു പല പ്രവാചകന്മാരും കൊല്ലപ്പെട്ടു ഏലിയാവ് ചെയ്തില്ല ഏലിയാവ് കൊല്ലപ്പെട്ടില്ല ഏലിയാവും വിശ്വാസത്താൽ കൊല്ലപ്പെടാതിരുന്നു മറ്റു പ്രവാചകന്മാർ വിശ്വാസത്താൽ തന്നെ കൊല്ലപ്പെട്ടു അവർ മോശക്കാരായിരുന്നതുകൊണ്ടല്ല ഏലിയാവ് മറ്റുള്ളവരെക്കാൾ എന്തോ പ്രത്യേകതയുള്ള ആളായത് കൊണ്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി ആ കാലഘട്ടത്തിൽ ഏലിയാവിനെ സംബന്ധിച്ച് അങ്ങനെയായിരുന്നു മറ്റുള്ളവരെ സംബന്ധിച്ച് അങ്ങനെ ആയിരുന്നില്ല ഇരമ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ തന്നെ രണ്ട് കൂട്ടരെ താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് കാണാനായിട്ട് കഴിയും ഇരമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ അധ്യായം ഇരുപത്തിയാറാമത്തെ അധ്യായത്തിൽ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങൾ നോക്കുക അവർ ഊര്യാവേ ഊര്യാവ് ആരാണ് ഊര്യാവ് രാജാവ് അവനെ കൊന്നുകളവാൻ വിചാരിച്ചു അതിൻ്റെ മുതൽ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുകയുള്ളൂ ഏഹോ ഏഹോയാക്കിൻ രാജാവും അവൻ്റെ യുദ്ധവീരന്മാരും സകല പ്രഭുക്കന്മാരും അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഊര്യാവ് എന്നൊരുത്തൻ ഏഹോയുടെ നാമത്തിൽ പ്രവചിച്ചു ഇരുപതാമത്തെ വാക്യം നോക്കുക അപ്പോൾ ഏഹോയുടെ നാമത്തിൽ പ്രവചിക്കുന്ന ഒരു പ്രവാചകൻ യഹോയാക്കീമിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ പ്രവാചകനായ ഊര്യാവ് ഇവർക്കെതിരെ പ്രവചിച്ചു ഈ നഗരത്തിനും ഈ ദേശത്തിനും വിരോധമായിട്ട് പ്രവചിച്ചു പ്രവചിച്ചപ്പോൾ അവൻ്റെ വാക്കുകളെ കേട്ടപ്പോൾ രാജാവ് അവനെ കൊന്നുകളവാൻ വിചാരിച്ചു ഊര്യാവ് അത് കേട്ട് ഭയപ്പെട്ട് ബിസ്രൈൻ ദേശത്തിലേക്ക് ഓടിപ്പോയി രാജാവ് ഉടനെ എന്തോ ചെയ്തു ഓടിപ്പോയവൻ്റെ പ്ര കുറകെ ആളെ കൊണ്ടുവന്ന് അവനെ അതിൻ്റെ ഇരുപത്തിമൂന്നാം വാക്യത്തിന്റെ അവസാനം കണ്ടോ അവനെ വാൾ കൊണ്ടു കൊന്നു ഊര്യാവുന്ന പ്രവാചകൻ എന്ത് സംഭവിച്ചു ഊരിയാവുന്ന പ്രവാചൻ ദൈവത്തിന്റെ അരുളപ്പാടാ ധൈര്യമായിട്ട് പ്രസ്താവിച്ചത് പക്ഷെ ഊര്യാവ് കൊല്ലപ്പെട്ടു ഊര്യാവ് കൊല്ലപ്പെട്ടു ഇരമ്യാവിനോ അതിൻ്റെ തൊട്ട് താഴത്തെ വാക്യം നോക്കുക ഇരമ്യാവു ആ കാലഘട്ടത്തിൽ പ്രവചന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇരമ്യാവേ ഇതുപോലെ ഈ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് കൊല്ലാതിരിക്കേണ്ടതിന് ഇരുപത്തിനാലാം വാക്യം കൊല്ലാതിരിക്കേണ്ടതിന് ദൈവം അത്ഭുതമായിട്ട് ഷാഫാൻ്റെ മകനായ അഹീഖാമിനെ അവന് പിന്തുണയായിട്ട് നൽകിയ ഇരമ്യാവിൻ്റെ കാര്യം നമ്മൾ കാണുമ്പോൾ ഇരമ്യാവ് കൊല്ലപ്പെടുന്നില്ല രണ്ട് പ്രവാചകന്മാർ ഒരേ കാലഘട്ടത്തിൽ രണ്ടുപേരും ദൈവത്തിൻ്റെ പ്രവാചകന്മാരാണ് ഊര്യാവ് ഊര്യാവിനെ ദൈവം വിടുവിക്കാഞ്ഞത് എന്തുകൊണ്ടാണ് ഇരമ്യാവിനെ ആ വാളിൻ്റെ വായിൽ നിന്ന് വിടുവിച്ചതും എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഊര്യാവ് മോശക്കാരനായും അല്ലെ വിശ്വാസത്തെ കുറഞ്ഞ ആളും ഇരമ്യാവ് വിശ്വാസത്തിൽ കൂടിയ ആളുമായതുകൊണ്ടാണോ അല്ല അല്ല അല്ല ദൈവത്തിൻ്റെ ഹിതം അതായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത് ചിലർ വാളിൻ്റെ വായ്ക്ക് തെറ്റി ചിലർ വാളാൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു കോണ്ടസ്റ്റിലാണ് നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിന്ന് ചില കാര്യങ്ങൾ വായിക്കുന്നത് രണ്ടുപോരിൻ്റെ അല്ല നമ്മൾ അഫോസ്തല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തിൽ നിന്നും നമുക്കൊരു ഉദാഹരണം കാണാനൊക്കുമല്ലോ അഫോസ്വല പ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിൽ ശിഷ്യന്മാർ ധൈര്യത്തോടെ ദൈവജനം പ്രസ്താവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹേരോധ രാജാവ് സഭയെ പീഡിപ്പിക്കേണ്ടതിന് ചിലരെ പിടിച്ചു യോഹന്നെ സഹോനായി യാക്കോബ് യാക്കോബിനെ പിടിച്ച് എന്ത് ചെയ്തു വാളുകൊണ്ട് കൊന്നു വാളുകൊണ്ട് കൊന്നു കൊന്നുകഴിഞ്ഞപ്പം അത് യഹൂദന്മാർക്ക് പ്രസാദമായെന്ന് കണ്ടപ്പം മറ്റൊരാളെ പിടിച്ചു ആരെ പിടിച്ചു പത്രോസിനെ പിടിച്ചു പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിൽ ഇട്ടു അവനെ എന്തു ചെയ്യാനായിരുന്നു അവനേയും വാളുകൊണ്ട് കൊല്ലാനായിരുന്നു കൊല്ലാനുള്ള ഉദ്ദേശമായിരുന്നു പക്ഷേ എന്തുപറ്റി അതിൻ്റെ പത്താമത്തെ വാക്യം നോക്കുക അവനെ ആ നിലയിൽ ഉപദ്രവിക്കുന്നതിൻ്റെ തലേ രാത്രി ഇതാ അവിടെ ദൂതൻ വന്നിട്ട് വാതിൽ തുറന്ന് പുറത്ത് കൊണ്ടു വന്ന് ദൂതൻ അവന് തെരുവ് കടത്തി കൊണ്ടുപോകുന്നു പന്ത്രണ്ടിൻ്റെ പത്താമത്തെ വാക്ക് കണ്ടോ രണ്ട് ശിഷ്യന്മാർ കർത്താവിൻ്റെ രണ്ട് ശിഷ്യന്മാർ യാക്കോവ് രക്തസാക്ഷിയായി പത്രോസ് അതേ തടവിൽ അതേ രാജാവിനാൽ പീഡിപ്പിക്കപ്പെടാനായിട്ട് തടവിലടയ്ക്കപ്പെട്ടു പക്ഷെ താൻ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ നമ്മൾ പറഞ്ഞു വന്നത് ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞു ഏലിയാവിൻ്റെ കാലത്തെ മറ്റ് പ്രവാചകന്മാരുടെ കാര്യം പറഞ്ഞു ഏലിയാവിനെ മാത്രം ദൈവം സൂക്ഷിച്ചു ഇരമ്യാവിൻ്റെ കാര്യവും ഊര്യാവിൻ്റെ കാര്യവും പറഞ്ഞു ഊര്യാവ് കൊല്ലപ്പെട്ടു ഇരമ്യാവ് സംരക്ഷിക്കപ്പെട്ടു യാക്കോമിൻ്റെ കാര്യവും പത്രോസിൻ്റെ കാര്യവും പറഞ്ഞു യാക്കോമ് കൊല്ലപ്പെട്ടു പത്രോസ് സംരക്ഷിക്കപ്പെട്ടു ഈ കാര്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചാൽ അതിനോട് ചേർത്ത് നമ്മൾ നോക്കുക ചിലർ വിടുവിക്കപ്പെട്ടു ചിലര് കൊല്ലപ്പെട്ടു രണ്ടിലും ദൈവത്തിൻ്റെ ഹിതത്തെ നമ്മൾ കാണണം നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നാൽപ്പത്തിനാലാം സങ്കീർത്തനം അവിടെ നമ്മൾ ഒരു വാക്യം കാണുന്നുണ്ട് നാൽപ്പത്തിനാലാം സങ്കീർത്തനത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിന്റെ ഞങ്ങളെ ദിനംപ്രതി കൊല്ലുന്നു അർപ്പാനുള്ള ആളുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു കണ്ടോ ഇവിടെ സങ്കീർത്തന പറയുന്നത് ദിനംപ്രതി കൊല്ലപ്പെടുന്ന ഒരു കാര്യം അത് അക്ഷരാർത്ഥത്തിലുള്ള കൊല്ലപ്പെടലാണോ നമുക്കറിഞ്ഞുകൂടാ ഏതായാലും ദൈവം അത് അനുവദിക്കണം റോമർ കെഴുതിയിലായാലും എട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്താറിൽ ഇതേ വാക്യങ്ങൾ നമുക്ക് എടുത്ത് വായിക്കാവുന്നതാണ് രണ്ട് കോരിന്ത്യർ ആറാം അധ്യായത്തിൽ ആറാം അധ്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം രണ്ട് കോരിന്ത്യർ ആറിൻ്റെ ഒൻപത് അവർ പൗലോസ് തങ്ങളെ തന്നെ കുറിച്ച് പറയുക ഞങ്ങൾ എന്താ ആരും അറിയാത്തവർ എന്നിട്ടും ആറിൻ്റെ ഒമ്പതാമത്തെ വാക്യം രണ്ട് പോലെ ആറിൻ്റെ ഒൻപത് ആരും അറിയാത്തവർ എന്നിട്ടും എല്ലാവരും നല്ലവണ്ണം അറിയുന്നവർ മരിക്കുന്നവർ എന്നിട്ടും ഇതാ ഞങ്ങൾ ജീവിക്കുന്നു ശിക്ഷിക്കപ്പെടുന്നവർ എന്നിട്ടും കൊല്ലപ്പെടാത്തവർ ദുഃഖിതരെങ്കിലും എപ്പോഴും സന്തോഷിക്കുന്നവർ ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരായി തന്നെ ഒന്നാം നൂറ്റാണ്ടിലെ സഭയിലുള്ള വിശ്വാസികളുടെ ചരിത്രമാണ് അവരുടെ മുമ്പിലുള്ള റിയാലിറ്റി എന്താ അവരുടെ മുമ്പിൽ കാണുന്ന റിയാലിറ്റി എന്താ അവരുടെ മുമ്പിൽ കാണുന്ന റിയാലിറ്റി എന്ന് വെച്ചാൽ മരണമെന്നുള്ളത് മരിക്കുക പക്ഷേ അവരുടെ വിശ്വാസം എന്താ ഞങ്ങൾ ജീവിക്കുന്നു അവരുടെ മുമ്പിൽ കാണുന്ന യാഥാർത്ഥ്യം എന്താ അവരെ ശിക്ഷിക്കപ്പെടുകയാണ് പക്ഷേ അവരുള്ളിൽ അതിനെ അതിജീവിക്കുന്നവരായിട്ടാണ് നിൽക്കുന്നത് പത്താമത്തെ വാക്യം എന്ന് പറയുന്നത് ദുഃഖമാണ് അവരുടെ മുമ്പിലുള്ള അടിയും ദുഃഖവും പീഡനവുമാണ് അവരുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം പക്ഷെ അവരുടെ ആന്തരിക ജീവിതത്തിൽ എന്താ സന്തോഷമാണ് മുമ്പ് അവരുടെ മുമ്പിലുള്ളത് എന്താ അവർ ദരിദ്ര ദരിദ്രർ അവരുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം അതാ സത്യം പക്ഷെ അവരെന്ത് ചെയ്ത അവര് വിശ്വാസത്താൽ പലരെയും സമ്പന്നരാക്കി പ്രിയപ്പെട്ടവരെ നമ്മുടെ സാഹചര്യം മാറണമെന്നില്ല സാഹചര്യം ദുഃഖവും സാഹചര്യം പീഡനവും സാഹചര്യം കൊല്ല കൊല്ലപ്പെടുന്നതും ആ സാഹചര്യത്തിന് അതീതമായിട്ട് വിശ്വാസത്തിൽ നമുക്ക് സന്തോഷിപ്പാനും ജീവിക്കാനും പലരെയും സമ്പന്നരാക്കാനും ധൈര്യത്തോടെ നിൽക്കാനും കഴിയും ഇതാണ് വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യം എന്നുള്ളത് നമ്മൾ ഇവിടെ കാണണം അങ്ങനെ അങ്ങനെ ജീവിച്ച ചില ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഈ സംഭവങ്ങൾ എബ്രാഹ് ലേഖനകാരൻ ഇത് പറയുമ്പോൾ തൻ്റെ മുമ്പിൽ തന്നെ ആ കാലഘട്ടത്തിൽ നീറോ ചക്രവർത്തിയാലും റോമൻ ചക്രവർത്തിമാരാലും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ അനുഭവങ്ങളും ഇവിടെ ചേർത്താണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എന്നിട്ട് നമ്മൾ ഇവിടെ ഈ പീഡനത്തെക്കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പല ആളുകളും പലതരത്തിലുള്ള പീഡനങ്ങളിലൂടെ കടന്നു നമ്മൾ പഴയ നിയമത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പ്രസാദമെന്ന് പറയുന്നത് വിടുതലായിരുന്നു നമ്മൾ ആവർത്തന പുസ്തകം ആവർത്തന പുസ്തകം ഇരുപത്തി ഒൻപതിൻ്റെ എട്ട എട്ടാപവാ വാക്യങ്ങളും യോശിയാടെ പുസ്തകം ഒന്നാമത്തെ ആയ അതിൻ്റെ എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പ്രസാദമെന്ന് പറയുന്നത് എന്താ പീഡനങ്ങളിൽ നിന്നുള്ള വിടുതലാണ് ഞാൻ നിന്നെ വിടുവിക്കും ഞാൻ നിന്നെ വിടുവിക്കും ഈ ന്യായ പുസ്തകത്തിലുള്ള നിൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും പ്രമോണി പ്രമാണിച്ച് നടന്നാൽ നിൻ്റെ പ്രവൃത്തി സാധിക്കും നീ കൃതാർത്ഥനായും ഇരിക്കും ജോഷിയുടെ പുസ്തകം ഒന്നിൻ്റെ എട്ടാമത്തെ ഞാൻ വായിച്ചത് അപ്പം ദൈവത്തെ അനുസരിച്ച് നടന്നാൽ എന്തോ വരുമെന്നാ പഴയ നിയമത്തിലെ വാഗ്ദാനം എല്ലാം സാധിക്കും കൃതാർത്ഥനായിരിക്കും എന്നാണ് പഴയ നിയമത്തിലെ വാഗ്ദാനം ഇന്ന് പലരും പലരും സുവിശേഷവിധ സഭകളിലുള്ള പല പ്രിയപ്പെട്ടവർ പഴയ നിയമത്തിലെ അതാണ് ക്ലെയിം ചെയ്ത് പ്രവർത്തിക്കുന്നത് എന്നാൽ പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ കാര്യങ്ങളിലൊരു വ്യത്യാസമുണ്ട് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ രണ്ട് നിയമത്തിയോസ് മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മളൊരു കാര്യം കാണുന്നു മൂന്നാമധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിതല് മാത്രമല്ല എന്ത് ദൈവപ്രസാദത്തിൻ്റെ ലക്ഷണം മറിച്ച് ഉപദ്രവങ്ങളും പീഡനങ്ങളും ഒക്കെ സഹിക്കുമ്പോൾ തന്നെ അത് സഹിപ്പാനുള്ള കൃപയെന്ന് പറയുന്നത് എന്താ ദൈവത്തിൻ്റെ പ്രസാദമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയ നിയമ രണ്ട് തീമത്തി ദിവസം മൂന്നാമത്തെ അയം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഞാൻ പറഞ്ഞത് രണ്ട് തീമത്തി ദിവസ മൂന്നിൻ്റെ പന്ത്രണ്ട് അതുപോലെ തന്നെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ് തന്നെ ഇതിപ്പോൾ പൗലോസ പറഞ്ഞതെന്ന് വിചാരിച്ച് നമ്മൾ ഇതാക്കണ്ട അതിൻ്റെ കർത്താവ് തന്നെ പറഞ്ഞൊരു വാക്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് കാണുക കർത്താവ് പറയുക കർത്താവ് പോകാൻ നേരത്ത് പറയുക ഞാൻ നിങ്ങളെ വിട്ടു പോകും ആ നാഴിക വരുന്നു ഞാൻ പോകും നിങ്ങൾ ഒറ്റയ്ക്കാകുമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകേണ്ടതെന്ന് ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞേച്ച് യോഹനാൻ പതിനാറിൻ്റെ മുപ്പത്തിമൂന്ന് പറയുക ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവേ അപ്പം നമുക്ക് പുതിയ നിയമ ഉടമ്പടിയിലുള്ള നമ്മളോട് പറഞ്ഞേക്കുന്നത് നമുക്ക് കഷ്ടമില്ലെന്നല്ല പഴയ ഉടമ്പടിയുടെ ഒരു കാര്യമല്ല നമുക്കുള്ളത് നമുക്ക് ദൈവം നമ്മളെ വിടുവിക്കും തീർച്ചയായിട്ടും നമുക്കിപ്പം ഒരു രോഗമുള്ളപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ രോഗത്തിൽ നിന്ന് സൗഖ്യം തരണേ വിടുവിക്കണേ ഈ പ്രശ്നത്തിൽ നിന്ന് വിടിവിക്കണേ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നാൽ ദൈവത്തിന്റെ ഹിതം മറിച്ചാണെങ്കിലോ മറിച്ചാണെങ്കിൽ നമ്മൾ വിശ്വാസത്താൽ ക്ഷീണിച്ചു പോകരുത് ആ ആളിന്റെ പ്രാർത്ഥന കേട്ടില്ലെന്നോ അയാളുടെ ജീവിതത്തിൽ ഏതാണ്ടോ ഏർ പാപം ഉള്ളതുകൊണ്ടാ പുള്ളിയെ ആ മരണത്തിൽ നിന്ന് വിടിവിക്കാൻ എന്നോ ഒന്നും പറയാനായിട്ട് പാടില്ല കാര്യം ഇവിടെ എന്താ പറയുന്നത് പുതിയ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്തോ ഉണ്ട് രണ്ട് തിമത്തി മൂലിൻ്റെ പന്ത്രണ്ട് ഉപദ്രവം ഉണ്ട് അപ്പൊ ഉപദ്രവം കേൾക്കുന്ന ഒരാളെ നോക്കി നമ്മൾ സുഖമായിട്ട് ഇരുന്നേച്ച് പറയാം കണ്ടോ അവർക്കൊക്കെ ഉപദ്രവം ഉണ്ട് അത് ആ ഏതാണ്ടൊക്കെ അവരുടെ ജീവിതം എന്ന് എന്ന് നമ്മൾ പറയുന്നു കാര്യം പഴയ ഉടമ്പടിയുടെ ഒരു വാഗ്ദാനമല്ല പുതിയ ഉടമ്പടിയിലുള്ള പുതിയ ഉടമ്പടിയിലും വിടുതലുണ്ട് വിടുതലുണ്ട് എത്രയോ പേര് വിടുവിക്കപ്പെട്ടു നമ്മൾ തന്നെ എത്രയോ കാര്യങ്ങൾ പറയുന്നു ദൈവം വിടിവിച്ച കാര്യങ്ങൾ അത് പറയുമ്പോൾ തന്നെ നമ്മൾ പഴയ ഉടമ്പടിയിൽ ജീവിക്കുന്നവരല്ല പുതിയ ഉടമ്പടിയിൽ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും എങ്കിലും ധൈര്യപ്പെടുവേ ഞാൻ ഈ കഷ്ടങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുമെന്നാണോ അവിടെ കർത്താവ് പറഞ്ഞത് യോഹനാൻ പതിനാറിൻ്റെ മുപ്പത്തിമൂന്നിൽ നമ്മൾ വായിച്ച ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടു അത്രയും കേൾക്കുമ്പോൾ നമ്മുടെ വിചാരം ധൈര്യപ്പെടുകയും അപ്പോൾ ഞാൻ നിങ്ങളെ വന്ന് വിടിവിച്ചോളാം എന്ന അടുത്ത് പറയാൻ പോകുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷെ അങ്ങനല്ല കർത്താവ് പറഞ്ഞു അവസാനിച്ചത് കർത്താവ് വളരെ റിയലിസ്റ്റിക്കായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് എന്താ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെട്ടു ധൈര്യപ്പെട്ടു പേടിക്കേണ്ട പേടിക്കണ്ട മക്കളെ കാരണം എന്താ ഞാൻ വന്ന് നിങ്ങളെ വിടുവിക്കുമെന്നല്ല ഞാൻ ഈ ലോകത്തിൽ എന്തോ ചെയ്തു ഈ ലോകത്തിൽ ഞാനും ഒരു മരണത്തിലൂടെ കടന്നുപോയി പക്ഷേ മരണത്തിന് എന്നെ പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞോ മരണത്തിൻ്റെ ശക്തികൾക്ക് എന്നെ കഴിഞ്ഞോ അതിൻ്റെ പേരിൽ ഒരു റിസൊലക്ഷൻ എനിക്ക് ലഭിച്ചില്ലേ എന്ന് പറഞ്ഞതുപോലെ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ആ നിലയിൽ നിങ്ങൾക്കും ഈ സാഹചര്യത്തെ ജയിക്കാനായിട്ട് കഴിയും എന്നൊരു വാഗ്ദാനമാണ് അവിടെ ലഭിക്കുന്നത് പ്രിയപ്പെട്ടവര് നമുക്ക് നമ്മൾ പറഞ്ഞു വന്ന് ഈ കാര്യങ്ങളുമായിട്ട് ചേർത്ത് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പലതരത്തിലുള്ള ഭക്തന്മാരായ ആളുകൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോയത് നമുക്ക് കാണാനായിട്ട് കഴിയും ജോസഫ് ജോസഫ് പല കഷ്ടങ്ങളിലൂടെ കടന്നു പോയില്ലേ അന്ന് ആ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവന് അവനെ നോക്കിയിട്ട് എല്ലാവരും കൂടെ പറയും അവൻ്റെ ജീവിതത്തിൽ ഏതാണ്ട് കുഴപ്പമുണ്ടായിട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും ദൈവം പിന്നത്തേതിൽ അവനെ വിടുവിച്ചു സമൃദ്ധിയിലേക്ക് കൊണ്ടു വന്നു നമ്മൾ കഴിഞ്ഞൊരു ദിവസം വായിച്ച പോലെ സങ്കീർത്തനത്തിൽ വായിച്ച പോലെ നീ ഞങ്ങളെ തീയിലും വെള്ളത്തിലും കൂടെ കടത്തി തീയിലും വെള്ളത്തിലും കൂടെ കിടത്തി ഞങ്ങളെന്തോ ചെയ്തു ഞങ്ങളെ ഒരു വലയിലകപ്പെടുത്തി വലയിലകപ്പെടുത്തി വലയിലകപ്പെടുത്തി ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നീ പരിമിതപ്പെടുത്തി എന്നിട്ടോ ആ വലയിലകപ്പെടുത്തി ആളിനാകെ വലയെ കിടന്നുകൊണ്ട് തലയെ ഒന്ന് പൊക്കി മേപ്പോട്ട് ചുറ്റുപാട് ഒന്ന് നോക്കാമെന്ന് വെച്ചപ്പം തലയുടെ മേളിൽ കൂടെ ശത്രുക്കളെ കയറി ഓടിക്കുക തലയുടെ മൊണ്ടയ്ക്കൂടെ വലിയൊരു ഓടിയാൽ നമ്മുടെ തല എന്തോ ചെയ്യും താന്നു ഉള്ളൂ ഏ അപ്പോൾ പല കടന്നു ജോസഫ് പല കഷ്ടങ്ങളിലൂടെ കടന്നു എന്നിട്ട് പക്ഷെ അവിടെ ആ പഴയ സങ്കീർത്തനത്തില് പറയുന്നത് എന്താ എങ്കിലും തീയിലും വെള്ളത്തിലൂടെ കടന്നു എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അക്ഷരാർത്ഥത്തിലുള്ള ഒരു സമൃദ്ധിയിലേക്ക് ജോസഫിനെ ദൈവം പിന്നീട് കൊണ്ടുവന്നു ഇയോബ് ഇയോബ് പല കഷ്ടങ്ങളിലൂടെ കടന്നു ഒടുവിലെന്താ അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള ഒരു സമൃദ്ധിയിലൂടെ ദൈവം കൊണ്ടുവന്നു ദാവീത് താൻ രാജാവാകുന്നതിന് മുമ്പ് രാജാവായതിനു ശേഷവും ആളുകളെ പേടിച്ച് പേടിച്ച് ഓടി മരുഭൂമിയിലും ഒക്കെ നടന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത് രാജാവ് ആകുന്നതിന് മുമ്പൊന്നുമല്ലെങ്കിൽ അമ്മാവിയത്തിനെ പേടിച്ചാണ് ഓടിയത് രാജാവായിക്കഴിഞ്ഞു സ്വന്തം മോനെ പേടിച്ചു പോവും അബ്സാരോനെ പേടിച്ചു പോകും നോക്കേ ഒരാൾ ദാവീദിൻ്റെ ജീവിതം ദാവീദിൻ്റെ ഈ സങ്കീർത്തിനെ പോവാനിൻ്റെ ഇടേനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല മുട്ടുണ്ടാകില്ലെന്നൊക്കെയാണ് പറഞ്ഞിട്ട് അതൊക്കെ പാടിയ ദാവീത് കരഞ്ഞ് നെടുവേർപ്പെട്ടും തലയിൽ കൂടെ തുണിയിട്ട് കരഞ്ഞുകൊണ്ട് ഈ ഇറക്കമൊക്കെ ഇറങ്ങി കയറ്റം കയറി ഒക്കെ ഇങ്ങനെ മരുഭൂമിയിലോട്ട് പോകുമ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയായിരിക്കട്ടെ അങ്ങനെ ഒരാൾ ചോദിക്കുകയും ചെയ്തു നമുക്ക് അറിയാം എടുത്ത് പറയുന്നില്ല അപ്പോൾ നീ അല്ലയോ പറഞ്ഞേ മുട്ടുണ്ടാകിയില്ലെന്നൊക്കെ പറഞ്ഞ് ശരിയാണ് ശരിയാ പ്രയാസങ്ങളിലൂടെ കടന്നുപോയി പിന്നെ എന്ത് സംഭവിച്ചു പിന്നീടവനെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നു വളരെ വളരെ നല്ല അന്ത്യം ദാവീത് പ്രാപിച്ചു ഞാൻ ഈ പറഞ്ഞത് മൂന്ന് പേരും എന്താണ് പഴയ നിയമവിശുദ്ധന്മാരാണ് ജോസഫും അത് തന്നെ യോബും ദാവീദും അത് എന്നാൽ പുതിയ നിയമവിശുദ്ധൻ പൗലോസ് പൗലോസ് എന്താ പൗലോസ് പല കഷ്ടങ്ങളിലൂടെ കടന്നുപോയി കഷ്ടങ്ങളിൽ പലയിടത്തുനിന്ന് പൗലോസിനെ വിളിച്ചു അത്ഭുതമായിട്ട് വിടുവിച്ചു ഏതൊക്കെ വെള്ളത്തിലൂടെയുള്ള ആപത്ത് കരയിലുള്ള ആപത്ത് കള്ളസോഹന്മാരായുള്ള ആപത്ത് കപ്പൽ ഛേതം പല കാര്യങ്ങളിലൂടെ കടന്നുപോയി അതിൽ നല്ല ദൈവം വിടവിച്ചു ഒടുവിലോ ഒടുവിൽ വന്ന് എന്തുപറ്റി എടി അറുപത്തിനാലിൽ നീറോ ചക്രവർത്തിയുടെ വാളാൽ കൊല്ലം അപ്പൊ നമ്മൾ പറയുക ഔരോസിന് കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണോ അല്ല അല്ല പുതിയ ഉടമ്പടിയുടെ ആ ഒരു കാര്യം കൂടെ അതായത് പഴയ ഉടമ്പടിയിൽ എല്ലാം സമൃദ്ധി കൃതാർത്ഥനാകും ശരി പക്ഷേ പുതിയ ഉടമ്പടിയുടെ കാര്യം ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുണ്ടാകും കഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ പുലിയുടമ്പടിയുടെ ആ ഒരു കാര്യം കൂടെ ചെയ്യാനുള്ള ഒരു കാര്യമാണ് പൗലോസിന് കൊടുത്തത് പക്ഷെ പൗലോസിൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നു അല്ല അല്ല അപ്പം നമ്മൾ ഈ കാണുന്ന കാണുന്ന കാര്യങ്ങൾ വെച്ചല്ല നമ്മളിതിനെ വിലയിരുത്തേണ്ടത് വിശ്വാസത്തിൻ്റെ നിലപാട് അങ്ങനെയൊരു കാര്യമാണ് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് വളരെ വേഗത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ വെള്ളിയാഴ്ച കൂടുമ്പോഴൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും സഭയായിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ചും കൂടെ ഒന്ന് വിശദമായിട്ട് ഈ കാര്യം അതായത് വിശ്വാസികൾ കഷ്ടപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ കഷ്ടപ്പെടുമ്പം ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിൽ നിന്നുള്ള ഈ കാര്യത്തെ വളരെ വേഗത്തിൽ നമുക്ക് ഒരമണിക്കൂർ കൊണ്ട് വളരെ വേഗത്തിൽ ഒന്ന് ചില വാക്യങ്ങൾ സഹിതം നമുക്കൊന്ന് നോക്കാം എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടങ്ങളുള്ളത് അതിനുള്ള ഒന്നാമത്തെ കാര്യം നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒന്നാമത്തെ കാര്യം അതെന്താണ് ആദിമ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമാണ് ഉൽപ്പത്തി പുസ്തകം മൂന്നാമധ്യായത്തിലേക്ക് വരുമ്പം നമ്മൾ ആ കാര്യം കാണുന്നുണ്ട് അതിൻ്റെ പതിനാറ് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങളിൽ ദൈവം പാപം ചെയ്ത ആദിമ മാതാപിതാക്കളെ ആ പാപത്തിൻ്റെ ശിക്ഷ സ്ത്രീയോട് പറയുന്നു നിനക്ക് ഗർഭധാരണം വേദനയോടെ നീ മക്കളെ പ്രസവിക്കും പുരുഷനോട് പറയുന്നു നിൻ്റെ നിനത്തെ ഭൂമി ഭൂമി സഹിക്കപ്പെട്ടിരിക്കുന്നു മുള്ളും പറക്കാരെയും ഉണ്ട് നീ വിയർപ്പോടെ ഇതിൻ്റെ അകത്ത് അധ്വാനിച്ചു നീയെല്ലാം ചെയ്തു പക്ഷെ അവസാനം എന്തോ കിട്ടും അങ്ങനെ ആയിരുന്നില്ല ദൈവത്തിൻ്റെ ഒറിജിനൽ പർപ്പസ് അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ആദിമ മാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമാണ് ഇന്നുള്ള ഇന്നുള്ള ഈ എല്ലാ കഷ്ടതകളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഇതാണ് റോമർ കെഴുതിയ ലേഖനം അഞ്ചാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ കാര്യം പറയുന്നുണ്ട് ഇതിലാണ് ഈ ആദിമ മാതാപിതാക്കളുടെ ആ ഒരു ദൈവകൽപ്പനാലംഘനത്തിലാണ് അഞ്ചിൻ്റെ പന്ത്രണ്ട് റോമർ അഞ്ചിൻ്റെ പന്ത്രണ്ട് അതുകൊണ്ട് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു ഇവിടെ പറയുന്ന ഏകമനുഷ്യനാരാണ് ആദമാ ആദവം ആദമെന്ന് പറയുന്ന ഏകമനുഷ്യൻ്റെ പാപത്താൽ ആ പാപത്താലാണ് മരണം ഇന്നീ ലോകത്തിൽ കടന്നു മരണം മാത്രമല്ല മരണത്തോട് ചേർന്നുള്ള രോഗം പീഡനങ്ങൾ അധ്വാനം വിയർപ്പ് വേദന ഇതെല്ലാം ഏതിൻ്റെ ഫലമാണ് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും മരണത്തിൻ്റെ സന്തതികളായ രോഗവും പീഡനങ്ങളും വേദനകളും ഇതുമെല്ലാം അങ്ങനെയാണ് വന്നത് അപ്പോൾ ഇന്ന് നമുക്ക് വിശ്വാസികളുൾപ്പെടെയുള്ളവരും വിശ്വാസികളായ നമ്മളും ഏതാ മാനവകുലത്തിൽ പെടുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മളുൾപ്പെടെയുള്ള എല്ലാ ഈ ലോകത്തിലെ ആളുകൾക്കുള്ള കഷ്ടങ്ങളുടെയും അടിസ്ഥാന കാരണം ഈ പാപത്തിൻ്റെ ഭൂമിയിലേക്കുള്ള കടന്നുപോരവാണ് രണ്ടാമത് നമുക്കുണ്ടാകുന്ന കഷ്ടതകളുടെ മറ്റൊരു കാരണം എന്താ മറ്റൊരു കാരണമെന്താ ആ കാരണമെന്ന് പറയുന്നത് നമ്മൾ വിശ്വാസികളായതുകൊണ്ട് നമുക്ക് എന്തോ ഒരു ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി വെച്ചാൽ എന്താ അതിൽ ഒരു സംരക്ഷണം എപ്പോഴും നമുക്ക് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് നമ്മളിപ്പോൾ വിശ്വാസിയായ ഒരാൾ ആലക്ഷ്യമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ എന്തോ പറ്റും അയാൾക്കും ആയക്കടലുണ്ടാകും വിശ്വാസിയായ ഒരാൾ കണ്ണീ കിട്ടുന്ന എല്ലാം തിന്ന് ഒരു അച്ചടക്കമില്ലാതെ ജീവിച്ചാൽ അയാൾക്ക് കുറച്ച് കഴിയുമ്പോൾ മോശവും വരും ഞാൻ പറഞ്ഞത് ഗലാത്തർ കഴുതിയ ലേഖനത്തിൽ ആ കാര്യം പറയുന്നുണ്ട് ഗലാത്തേർ കഴുതിയ ലേഖനം അതിൻ്റെ ആറാമധ്യായത്തിൽ ആറാമധ്യായത്തിൽ ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് ഓരോരുത്തൻ വിതയ്ക്കുന്നത് കൊ്യും കൊയ്യും മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും ആറിൻ്റെ ഏഴാ ഏഴാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം മനുഷ്യൻ എന്നാണ് പറയുന്നത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും വിതയ്ക്കുന്നത് കൊയ്യും നമ്മൾ വിശ്വാസി ആയതുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തേച്ച് നമ്മളല്ലെങ്കിൽ ഒരു യുക്തിയില്ലാതെ ഓരോ കാര്യം ചെയ്തേച്ച് അതിൽ ദൈവം നമ്മളെ വിടുപ്പിച്ചോണം എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അങ്ങനെ വരണമെന്നില്ല എന്താ നമ്മൾ ഓരോരുത്തൻ അവന് ഈ ഇപ്പോൾ നമ്മൾ ഗലാത്തേതി വായിച്ച പോലെ അത് വിതച്ചത് കൊയ്യും അസാധമായിട്ട് വണ്ടി ഓടിച്ചു അത് പോലീസ് കയറി പിടിച്ചു അപ്പോൾ നമ്മൾ പറയുക ഞാൻ സി എഫ് സിയിലെ കർത്താവിൻ്റെ ഇതിയേറിയ പോലീസ് എന്തോ പറയും പോലീസ് തനിക്കും അഞ്ഞൂറ് രൂപ തരും അവർക്കതൊന്നും കേൾക്കണ്ട വിതച്ചത് കൊയ്യും അതുകൊണ്ട് നമ്മൾ എന്തോ വേണം അതുകൊണ്ട് നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഇല്ല എന്ന് മനസ്സിലാക്കി നമ്മളെന്താ വേണം നമ്മുടെ ബൗണ്ടറിക്കകത്ത് നിൽക്കണം നമ്മുടെ ചുറ്റും എന്താ ചെയ്തിട്ടുണ്ട് ദൈവം ഒരു വരെ വരച്ചിട്ടുണ്ട് ഒരു വരെ വരച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ സഭയിൽ നിന്ന് വിട്ടുപോയ ചില ആളുകളെ കുറിച്ച് സൗകര്യന്മാരോട് സംസാരിച്ചപ്പോൾ ഞാൻ പറയുമായിരുന്നു നമുക്ക് എന്താ വേണം നമുക്ക് നമ്മൾ ആരാ നമ്മളെന്താ ദൈവം നമ്മളെവിടെ ആക്കി വെച്ചേക്കുന്നു ഇതിനെക്കുറിച്ചൊരു യാഥാർത്ഥ്യ ബോധത്തിൽ അധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാട് വേണം നമ്മുടെ ചുറ്റുമുള്ള ഒരു ബൗണ്ടറി ഉണ്ട് ആ ബൗണ്ടറിക്കകത്ത് നമ്മൾ നിൽക്കണം അതിൻ്റെ നിൽക്കാതെ നമ്മൾ അതിര് കടന്നു പോയാൽ അതിര് കടന്നു പോയി വേലി പൊളിക്കുന്നവനെ എന്തോ ചെയ്യും പാമ്പ് കടിക്കും വാക്കിയോ നീ മതിൽ പൊളിച്ചോ പാമ്പ് കടിക്കും ആ എനിക്ക് മതിൽ പൊളിക്കുകയും വേണം പാമ്പ് കടിക്കുകയരുതെന്ന് പറഞ്ഞാൽ അത് പറ്റുകയല്ല നീ വിതച്ചത് കൊയ്യും അതുകൊണ്ട് രോഗങ്ങൾ പീഡനങ്ങൾ ഇവയ്ക്കുണ്ടാകാവുന്ന ആദ്യത്തെ കാരണം നമ്മൾ പറഞ്ഞു ആദവിൻ്റെ തെറ്റാ അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റും രണ്ടാമത്തെ കാരണം എന്താണ് പറഞ്ഞത് നമ്മുടെ തന്നെ നമ്മുടെ തന്നെ ഈ സൂക്ഷ്മതയില്ലാത്ത നമ്മുടെ തന്നെ ആ ബൗണ്ടറിക്ക് അകത്ത് നിൽക്കാതെ വരുന്നത് കൊണ്ടുണ്ടാകാവുന്ന ഞാൻ ഇത് പറയുമ്പോൾ തന്നെ അങ്ങനെ നമ്മൾ കാണിച്ച മടയത്തരം കൊണ്ട് നമുക്കുണ്ടാകാവുന്ന പീഡനങ്ങൾക്ക് ദൈവം ദൈവത്തിൻ്റെ കരുണയിൽ ചിലപ്പോഴെന്തോ ചെയ്യും നമ്മളെ ചിലപ്പോൾ സംരക്ഷിച്ചെന്ന് ഇരിക്കും ഇല്ലേ നമ്മൾ തന്നെ തിരിഞ്ഞു നോക്കുക നമ്മുടെ മണ്ടത്തരത്തിന് നമ്മുടെ ആ കാര്യങ്ങൾ ചെയ്യാൻ പോയി തമ്പുരാൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മളെന്തോ ചെയ്തു ഏഹ് നമ്മുടെ പ്രാർത്ഥനയോ അവയുടെ പ്രാർത്ഥനയോ നമ്മുടെ ഭാര്യയുടെ പ്രാർത്ഥനയോ ഏതാണ്ടോ ഒക്കെ ഏതാണ്ടോ തമ്പുരാൻ്റെ കാരണം കൊണ്ട് നമ്മളത് നിറച്ചത് കൊയ്യേണ്ട കാര്യമാണ് പോലീസ് നമ്മളെയും പിടിച്ച് ഭാഗ്യത്തിന് അന്നേരം പുള്ളിക്കാൻ ഏതാണ്ട് ഒരു ഫോൺ കോൾ വന്നു അങ്ങോട്ട് പോയി നമ്മളെ പിടിച്ച് നമ്മൾ രക്ഷപ്പെട്ട ചരിത്രങ്ങളില്ലേ ഞാൻ പറഞ്ഞത് ഒരിക്കൽ രക്ഷപെട്ടെന്നുള്ളത് നമ്മൾ എന്താക്കി മാറ്റരുത് ഒരു ലൈസൻസ് ആക്കി മാറ്റരുത് വികച്ചത് കൊയ്യും എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കണം മൂന്നാമത് നമ്മൾ സത്യത്തിൽ കഷ്ടപ്പെടുന്നതിൻ്റെ പല കാരണങ്ങൾ ഈ ലോകത്തിൻ്റെ ദൈവം പിശാജിൻ്റെ പലതരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പിശാജ് പിശാജിനെ ഈ ലോകത്തിന്റെ ദൈവം രണ്ട് കുരിന്തർ നാലിൻ്റെ നാലിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഈ ലോകത്തിൻ്റെ ദൈവമാണ് അവൻ എന്തുണ്ട് അവന് അധികാരമുണ്ട് ഈ ലോകത്തിൻ്റെ പ്രഭു അവന് അധികാരങ്ങളുണ്ട് ഒന്ന് പത്രോസിലെ നമുക്കൊരു വാക്യം നോക്കാം ഒന്ന് പത്രോസ് അതിൻ്റെ അഞ്ചാമധ്യായത്തിൻ്റെ എട്ട കൊണ്ടത വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക നമുക്കറിയാവുന്ന വാക്യാണ് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ അലർന്ന സുഖം ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആവക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പി അവൻ എന്തോ ചെയ്യും ഈ പിശാജിന്റെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പിശാജിന്റെ ഒന്നാം നമ്പർ ശത്രുക്കൾ ആരാ നമ്മൾ ഈ കുടമാളൂര് കുടമാളൂർ ഒരു ദേശാധിപതി ഉണ്ടെന്നിരിക്കും എന്ന് പിശാജ് എങ്ങനെയാ ഈ കാര്യങ്ങളെ പ്രവർത്തിക്കുന്നത് അവന് ഇന്ന് ഈ ലോകം പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഈ ലോകം ഒരുപക്ഷെ പിശാജി നിന്നാണോ ഈ കാര്യം എടുത്തതെന്ന് അറിഞ്ഞു വിട്ടോ മുകളിലൊരു ഗവർണർ അതിൻ്റെ താഴെ ഓരോ പ്രവിശ്യയ്ക്കും അതിൻ്റെതായ അഡ്മിനിസ്ട്രേറ്റർ അതിൻ്റെ താഴെ ഓരോന്നിനും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇദ്ദേഹം ഇദ്ദേഹം മൊത്തത്തിൽ ഒരു സർവാധിപതി ഇരുന്നിട്ട് ഓരോ ദേശത്തിനും എന്ത് ഒരു ദേശാധിപതി അവനാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മളായിരിക്കുന്ന ഈ കുടമാളൂർ ദേശത്തിൻ്റെ പിശാജിൻ്റെ ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇവിടുത്തെ അദ്ദേഹത്തിന്റെ മുഴുവൻ ശത്രുതയും ആരുടെ നേരെയായിരിക്കും കുടമാളൂർ പള്ളിയിലെ അച്ഛൻ്റെ നേരെയാണ് എനിക്കറിഞ്ഞു അവന്റെ തന്ത്രം മുഴുവൻ വെച്ചേക്കുന്നു അല്ല അല്ല ഞാനിന്നെയ്യ ഭക്തിയോടെ ജീവിക്കാനായിട്ടും ദൈവത്തെ വിളിച്ച് ജീവിക്കാനായിട്ടും ഇവിടെ നിന്നാൽ അവൻ്റെ തന്ത്രങ്ങൾ മുഴുവൻ അവൻ രാവും പോയാലും അവന് ഒന്ന് അവനിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിക്കണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ഒന്നെന്താ അവന് ഉറക്കമില്ല ഇവനെന്തില്ല ഇവൻ പിശാജറങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് പിശാ ഇവൻ ഉറക്കവും ഊടാടി സഞ്ചരിക്കുക എന്ന് എങ്ങനെ എങ്ങനെ ഇവനെ നശിപ്പിക്കണം ഇവൻ്റെ പിള്ളേരെ കുഴപ്പത്തിലാക്കണം ഇവന്റെ കാര്യങ്ങൾ മനസമാധാനം കെടുത്തി ഇവനെ പ്രയാസത്തിലാക്കണം ഇതിനു വേണ്ടി അങ്ങ് നടക്കുക കൂടാടി സഞ്ചരിക്കുക കണ്ടോ പിശാചിന് അവൻ്റെ വേലയ്ക്ക് അത്രയും താല്പര്യം ഉണ്ടായിട്ട് നമുക്ക് ഈ സാക്ഷത്തായ നിത്യതയുടെ കാര്യത്തിന് നമുക്ക് അത്രയും താല്പര്യമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് സത്യത്തിൽ പിശാജിന്ന് നമുക്കൊരു പോസിറ്റീവായ പാഠം പഠിക്കാനുണ്ട് ഏഹ് രണ്ടാമതെന്താ ഒരു കാര്യം നമ്മൾ എപ്പോഴും പറയുന്നത് അവന് നാണമില്ല പിശാജിന് ഇല്ല നാണമില്ല എന്നു വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ വന്നു നമ്മൾ പോ പിശാജി എന്ന് വിശാസ് അന്നേരം പോയി നാണുള്ളവനന്നേ പിന്നെ വരുമോ ഇല്ല ആ ഈ നമ്മൾ ഈ എല്ലാവരും പറയല്ലേ ഞാൻ അന്ന് ആ വീട്ടിൽ ചെന്നപ്പം എന്നെ ആ വീട്ടുകാരെ പൊക്കോളാൻ പറഞ്ഞു പിന്നെ ആ പൊക്കുന് ചെയ്യുവനുണ്ട് ആ വീട്ടിൽ കയറുകയില്ല കാരണം എന്താ ഞാൻ വലിയ അഭിമാനിയാണ് ഞാൻ വലിയ അഭിമാനിയാണ് എനിക്ക് നാണോ മാനോ ഉണ്ട് എങ്ങനെയൊക്കെ അല്ലേ നാട്ടുകാർ പറഞ്ഞു നമ്മളെന്നെ പറയുന്നത് ആളുകൾ പറയുന്നത് ദിവസം ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അയാള് ഏതാണ്ടോ അങ്ങനെ ഒരു ഭാര്യ തയ്യേച്ചും ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ കണ്ടപ്പോൾ നീ ഇങ്ങോട്ട് വരണ്ടു അത്രയുള്ളൂ പിന്നെ കാര്യം ഞാൻ വലിയ അഭിമാനീ എന്ന ആ അഭിമാനമുള്ള ആളിനെയാണ് നമ്മൾ പറയുന്ന ലോകത്തിൻ്റെ മനുഷ്യൻ വലിയ ആളാണ് പിശാജിന് എന്തില്ല പിശാജ് പലവട്ടം നമ്മുടെ വന്നപ്പോൾ നമ്മൾ പറഞ്ഞ് പോ പിശാ നാണമുള്ളവനെന്നെ പിന്നെ കയറും പക്ഷെ അവൻ നാണമില്ല നാണമില്ല അപ്പം നമുക്ക് നേരെ ഇവൻ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നാണമില്ലാതെ പദ്ധതികൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നവനാണിവൻ എന്നുള്ള കാര്യം ആണ് നമ്മുടെ ചില കഷ്ടപ്പാടുകളുടെ കാരണം എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം അത് അനുവദിച്ചാലേ അവന് ചെയ്യാൻ ഒക്കെ ഇയോബിൽ നിന്നാണ് നമ്മൾ ആ പാഠം എടുക്കുന്നത് ഇയോബിനെ അവൻ എന്തോ ചെയ്തു ആ കാലഘട്ടത്തിൽ ഒന്നാം നമ്പർ ശത്രുവായിട്ട് എണ്ണി ഇയോബിനെന്താ എന്തോ ഉണ്ട് അവൻ ദൈവഹക്തനും ദോഷം വിട്ടകലുന്നവനും നേരുള്ളവനും ഒക്കെയായിട്ട് ദൈവത്തെ സേവിച്ച ആ കാലഘട്ടത്തിൽ ജീവിച്ചു എന്നുള്ളതല്ലാതെ യോബ് മനസാവാച കർമ്മണ വേറൊരു തെറ്റി ചെയ്തില്ല പക്ഷെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ പിശാജിൻ്റെ വിധം ദേശത്തെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് പിശാജിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് ഈയോബിനെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമത്തവനായിട്ട് പെടുത്തു എന്നിട്ട് ഇവനെ നശിപ്പിക്കാനായിട്ടുള്ള പല മാർഗങ്ങൾ ആകൃതണം ചെയ്തു പല മാർഗങ്ങളുമായിട്ട് പക്ഷേ നമ്മൾ പറഞ്ഞു വന്ന ശ്രദ്ധിക്കുക ഇതിന് തമ്പുരാന്റെ അനുമതി വേണവന് അവിടെ ചെന്ന് ചോദിച്ചു കൂടുതൽ ദൈവം കൂടെ അനുവദിച്ചിട്ടാണ് ചില കാര്യങ്ങളിൽ അവനെ പഠിച്ചത് അപ്പൊ പിശാചിന്റെ തന്ത്രങ്ങൾ നമുക്കെതിരെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ ബോധവാന്മാരായിരിക്കണം ഒന്ന് രണ്ട് നമ്മൾ ആ പിശാചിന്റെ തന്ത്രങ്ങളോട് എന്ത് ചെയ്യണം എതിർത്ത് നിൽക്കണം ഫൈസർ കേസിലേനോ ആറാം അധ്യായം പത്ത് മുതൽ ഉള്ള വാക്യങ്ങളിൽ പിശാദിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ല നമ്മളെന്ത് ചെയ്യണം നമ്മൾ സർവായുധവർഗം ധരിച്ച് നമ്മുടെ ഏതെങ്കിലും ലൂപ്പ് ഹോളിലൂടെ ആയിരിക്കും കടക്കാൻ നോക്കുന്നു നമ്മുടെ ശ്രദ്ധയില്ലായ്മ നമ്മൾ വചനമെന്ന വാള് നമ്മുടെ കയ്യിലില്ലെങ്കിൽ ആ തക്കം നോക്കി അല്ലേ സകല പ്രാർത്ഥന അങ്ങനെ ഒരു കാര്യമില്ലെങ്കിൽ ആ തക്കം നോക്കി നമ്മൾ ആ എഫ് എസ് എ ലേനത്തിൽ ആ ഭാഗമെടുത്ത് നമുക്കിപ്പോൾ നോക്കാനായിട്ട് സമയമില്ല അത് നോക്കുക അവിടെ എവിടെങ്കിലും നമ്മുടെ സർവായുധ വർഗ്ഗത്തിൽ നമ്മൾ ധരിക്കാനായിട്ട് ചില കാര്യങ്ങൾ വിട്ടുപോയാൽ ആ പാകം വെച്ച് അവനാക്രമിക്കാം അവനാക്രമിക്കുക അപ്പോൾ നമ്മൾ ഇവനിങ്ങനെ ഒരു നമുക്കൊരു ശത്രുവുണ്ട് നമ്മുടെ ആത്മാവിൻ്റെ പ്രതിയോഗി ഒരുക്കനുണ്ടെന്ന് ഓർമ്മ വേണം പോലെ അല്ല നമ്മൾ നമ്മളിപ്പോൾ ബസ്സേ കയറി ബസ്സേ കയറി നമ്മൾ ഓർത്തണം പൗരന്മാര് നമ്മൾ ഈ ബസ്സിൽ ഇപ്പോൾ ഇരുപത് എഴുപത് പേരുണ്ട് പക്ഷേ നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ കണ്ടക്ടറോട് വഴക്കുണ്ടാക്കുക അയാൾക്ക് ന്യായമായ ഒരു കാര്യത്തിൽ നമ്മളും അത് കണ്ടോണ്ട് നമ്മളും കേറി അഭിപ്രായം ഫ്രണ്ട് എന്നാ ഉണ്ടല്ലോ മറ്റേ ആളൊക്കെ അങ്ങ് പോകും അവസാനം നമ്മളെ കയറി നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോ നമ്മളെ വിചാരിക്കുന്നത് നമ്മൾ അത്രയൊന്നും പറഞ്ഞില്ലല്ലോ പറഞ്ഞതിനേക്കാളും ഇതെല്ലാം നമ്മുടെ തലേ വന്നല്ലോ കാരണം എന്താ വേറെ ഒരുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിരിക്കും പണ്ടത്തരം പറയൂ അതൊക്കെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ എന്താ വേണം സൂക്ഷ്മതയുള്ള നമുക്കൊരു പ്രതിയോഗി ഉണ്ടെന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ പൊക്കോണം നമ്മൾ പൊക്കോണം തമ്പുരാന് ചിലപ്പോഴും അത് അനുവദിക്കുകയും ചെയ്യും എന്തിനാണ് നമ്മളെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയല്ല യോബിന് ആ കഷ്ടതകളിലൂടെ കടന്ന് അവൻ എന്ത് ചെയ്തു അവൻ പൊന്നുപോലെ പുറത്തു കൊന്നു പൊന്നുപോലെ പുറത്തു വന്നു നമ്മൾ പൗലോസിൻ്റെ ജീവിതത്തിൽ രണ്ടു കോരിന്ത പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഏഴ് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക വിശാചം എന്ത് ചെയ്യുക പിശാജ് അവിടെ ഒരു ശൂലം കൊണ്ട് പൗലോസിനെ ഉപദ്രവിക്കുകയാണ് ചെയ്യുന്നത് അത് ദൈവം എന്താക്കി തീർത്തു അവന് നന്മയ്ക്കാക്കി തീർത്തു നമ്മളെ വളരെ താഴ്മയിൽ നിർത്താൻ ഈ പിശാജിൻ്റെ ഉപദ്രവങ്ങളെ ദൈവം നമ്മുടെ നന്മയ്ക്കാക്കി തീർക്കും പിശാചിൻ്റെ പദ്ധതികളെ ദൈവം എന്തോ ചെയ്യും അതിനെ തകിടം മറിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാക്കി തീർക്കും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന് വളരെ വേഗത്തിൽ നമുക്കൊരു ഒരു സംഭവം കർത്താവിൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ഒരു സംഭവം മാത്രം വളരെ വേഗത്തിലൊന്ന് നോക്കാം ഗ്ലൂക്കോസിൻ്റെ സുശേഷം അതിൻ്റെ പതിമൂന്നാമത്തെ അധ്യായം പതിമൂന്നാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ അടുത്ത് ഒരു സ്ത്രീയെ കൊണ്ടുവരുന്നു അതിൻ്റെ പതിനൊന്നാം വാക്യം ഏ അവിടെ പതിനെട്ട് സംവത്സരമായി ഗ്ലൂക്കോസ് പതിമൂന്നിൻ്റെ പതിനൊന്ന് പതിനെട്ട് സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ വന്നു ആ കൂനിയായ സ്ത്രീയെ രോഗാത്മാവെന്ന് പറയുന്ന സത്യത്തിൽ എന്തായിരുന്നു അതിൻ്റെ പതിനാറാം വാക്യത്തിൽ കർത്താവ് പറയുന്നു എന്നാൽ സാത്താൻ പതിനെട്ട് സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്തനാളിൽ അഴിച്ചുവിട്ടതിൻ്റെ അകത്ത് എന്താ എന്ന് കർത്താവ് ചോദിക്കുന്നു അപ്പം ഇവളെ ബന്ധിച്ചിരുന്നത് ആരായിരുന്നു ഇവൾക്ക് സാത്താൻ തന്നെ ഇവളെ ബന്ധിച്ചു ബന്ധിച്ച് ഈ കർത്താവ് ഈ ഇവരോട് സംസാരിച്ചോണ്ടിരുന്നപ്പോൾ പിശാൻ എന്തോ ചെയ്തു ഇവളെ എവിടെ കൊണ്ടുപോയി കൊണ്ടുവന്നത് എന്തിനാണ് കൊണ്ടുവന്നത് കർത്താവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയാ കൊണ്ടുവന്നത് പക്ഷേ കർത്താവ് എന്തോ ചെയ്തു ഇവളെ സൗഖ്യമാക്കി അതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടായി പതിനേഴാമത്തെ വാക്യം ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു നമ്മൾ ആ ഭാഗമെടുത്ത് വായിക്കുന്നില്ല അവരുടെ വിരോധം എന്തായിരുന്നു ഇവൻ ഇവളെ സൗഖ്യമാക്കിയത് ഏത് സമയത്താണ് ശബത്ത് ശബത്ത്നാളിലാണ് അപ്പോൾ ഈ ശപത്ത് നാളിൽ ഇവൻ ഇവിടെ സൗഖ്യമാക്കും സൗഖ്യമാക്കുമ്പോൾ പരീക്ഷന്മാരെല്ലാം കൂടെ ഇവൻ ശബത്ത് നാളിനെ ലംഘിച്ചു എന്നും പറഞ്ഞിട്ട് കർത്താവിനെ പിടിച്ചു കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യും അത് കണ്ട് ചിരിക്കാമെന്ന് വിചാരിച്ചാ പിശാ എന്തോ ചെയ്തത് ഈ പതിനെട്ട് സംവത്സരം കൂനിയായ സൗകര്യം അങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങോട്ട് അവൾ കൊണ്ടുവന്നു പക്ഷേ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം കണ്ടോ അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരെ സന്തോഷിച്ചു കർത്താവിനവിടെ എന്തോ ഉണ്ടായി മഹത്വമുണ്ടായി അപ്പോൾ പിശാചിൻ്റെ ചില കാർഡുകളെ ദൈവം എന്തോ ചെയ്യും അതിനെ ഇതേ ഈ ചീട്ട് കളിക്കുന്നതിലുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്കറിയില്ല ഞാൻ കേട്ടിട്ട് ഒരുത്തരം നമ്മളെ നമുക്കെതിരെ ഒരു ചീട്ടിറക്കും ആ ചീട്ടിറക്കുമ്പോൾ അവൻ്റെ വിചാരം എന്താണ് നമ്മളെ തോൽപ്പിക്കാവുന്ന എന്നാൽ അതിൻ്റെ മേളിൽ വേറെ ഏതാണ്ട് ഇത് വെട്ടിയെടുക്കും അവൻ്റെ തന്ത്രത്തെ അത് ഗുണമാക്കി തരും അങ്ങനെ ഏതാണ്ടാ അപ്പോൾ പ്രിയപ്പെട്ടവര് ഞാൻ പറഞ്ഞു വന്നത് പിശാജ് ഒരു ചീട്ടിറക്കി എന്തുവാ ഈ ഇവിടെ യേശുവിനെ ആകെ നശിപ്പിക്കാനായിട്ട് ഒരു ചീട്ടിറക്കിക്കൊണ്ടുപോയി ഭർത്താവ് എന്താ അതിൻ്റെ മേളിൽ വേറൊരു ചീട്ടിട്ട് വെട്ടി ഇത് പ്രയോജനമാക്കി എടുത്തു ആളുകളെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഞാൻ പറഞ്ഞത് അയ്യോവിൻ്റെ ജീവിതം നോക്കുക അയ്യോവിൻ്റെ ജീവിതത്തിൽ ഇതുതന്നെ തന്നെ പിശാജെ ഇറക്കിയ ആ തന്ത്രങ്ങളെ എല്ലാം കർത്താവെന്ത് ചെയ്തു ദൈവം അത് മഹിമയ്ക്കാക്കി തീർത്തു പൗലോസിൻ്റെ ജീവിതത്തിൽ അവൻ ശൂലം കൊണ്ട് കുത്തി കുത്താൻ ദൈവം അനുവദിച്ചു എന്തിനാണ് പൗലോസിനെപ്പോലെ ഇത്രയും വെളിപ്പാടുകളുള്ള മനുഷ്യൻ നിഗളിച്ചു പോകാതിരിക്കാൻ അവനെ അത് പ്രയോജനമാക്കി തീർത്തു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കഷ്ടങ്ങളിലൂടെ വരുമ്പം നമുക്ക് ആ നിലയിൽ അത് പിശാജിൻ്റെ ആക്രമണങ്ങളും നമുക്കിന്നുണ്ടാകുന്ന കഷ്ടങ്ങൾക്ക് കാരണമായി തീരാം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞ ഒരു കാര്യം മറ്റൊരു കാര്യം നമുക്കുണ്ടാകുന്ന ഈ പീഡനങ്ങൾ പാവം നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമുക്ക് സംഭവിക്കുന്നതാണ് പാപം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എസ് എ കെലിൻ്റെ പുസ്തകത്തിൽ നിന്നും ഒരു സംഭവം നമുക്ക് വളരെ വേഗത്തിൽ നോക്കാം എസ്കെലിൻ്റെ പുസ്തകം എസ് പുസ്തകം അതിൻ്റെ ഒൻപതാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഒരു കൊച്ചു കാര്യം രസമുള്ള ഒരു കാര്യം നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതിൻ്റെ അത് അതിൻ്റെ ഒൻപതാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കുക അവനോട യഹോവ നീ നഗരത്തിൻ്റെ നടുവിൽ ഇരിസ്ലേമിൻ്റെ നടുവിൽ കൂടെ ചെന്ന് അതിൽ നടക്കുന്ന സകല മ്ലയച്ചതകൾ നിമിത്തം നെടുവേർപ്പിട്ട് കരയുന്ന പുരുഷന്മാരുടെ നെറ്റിയിൽ ഒരു അടയാളം ഇടുക എന്ന് കൽപ്പിച്ചു എന്താ ഈ പുരുഷന്മാരെന്തോ ചെയ്യുക ഈ പുരുഷന്മാർ അവര് എന്തിനാ ഈ നെടുവേർപ്പിട്ട് കരയുന്നത് അവരുടെ വല്ല തെറ്റുകൊണ്ടാണ് അവരുടെ വല്ല തെറ്റാണ് അല്ല അവരായിരിക്കുന്ന ആ പട്ടണത്തിൻ്റെ മ്ലേച്ഛതകൾ കണ്ടിട്ട് അവരെ നെടുവീർപ്പിട്ട് കരയുക പ്രിയപ്പെട്ടവരെ നമ്മളെ ഇന്ന് കർത്താവ് വീണ്ടെടുത്തു വീണ്ടെടുത്തെങ്കിലും നമ്മളിപ്പോഴായിരിക്കുന്നത് എവിടെ തന്നെയാണ് ഈ ലോകത്തിൽ തന്നെ ഈ പാപകരമായ സാത്താൻ്റെ അധീനതയെ കിടക്കുന്ന ഈ ലോകത്തിൽ തന്നെയാണ് നമ്മളായിരിക്കുന്നു ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമ്മുടെ പല കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ നമ്മൾ ദൈവഹിതപ്രകാരം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ പല കഷ്ടപ്പാടുകൾ എന്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ദൈവാത്മാവിനോട് ചേർന്നുള്ള ദൈവത്തിൻ്റെ നിലവിളികളെയാണ് നമ്മൾ ചിലപ്പോൾ ഏറ്റെടുക്കുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ പറയാം കർത്താവ് ഒരു ദിവസം എരിസ്ലേമിലേക്ക് ചെന്നു യെരിസലേമിനെ കണ്ടിട്ട് കർത്താവ് എന്തോ ചെയ്തു കർത്താവ് കരഞ്ഞു കരഞ്ഞു യരിശ്ലേമെ എന്ന് പറഞ്ഞു കരഞ്ഞു എന്തിനാ കരഞ്ഞു കർത്താവ് എന്തിനാ എരിസ്ലേമിനെ നോക്കി കരഞ്ഞ എന്തിനാ എരിസലേമിൽ നടക്കുന്ന തിന്മകൾ കണ്ടിട്ട് ആ തിന്മകള് ദൈവമേ ഇങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ നടക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിൻ്റെ ആത്മാവിൽ അവിടുന്ന് ഞരങ്ങി ഈ കാര്യങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്ത് അവിടുന്ന് നെടുവീർപ്പിട്ട് കരയുന്നതാ കാണും ഇവിടെ ഇപ്പൊ നമ്മൾ കാണുന്നതും അതുപോലെ തന്നെ യരിശിലേമിന്റെ നടുവിലൂടെ യരിശിലേമിൽ നടക്കുന്ന സകല മ്ലേച്ഛതകൾ നിമിത്തം നെടുവീർപ്പിട്ട് കരയുന്ന പുരുഷന്മാര് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള പുരുഷന്മാർ അവരെയാണ് ഇവിടെ കാണുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ എവിടെ നമ്മൾ ഈ കാലഘട്ടത്തിൽ പലത് കാണുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് നമുക്ക് ദൈവഹിതപ്രകാരമുള്ള ഒരു ദുഃഖമുണ്ട് നമ്മുടെ ദുഃഖങ്ങളുടെയും വേദനകളുടെയും കാരണങ്ങളാണല്ലോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ പറഞ്ഞത് നമ്മുടെ ദുഃഖങ്ങളുടെ ഒരു കാരണം ആദ്യ മാതാപിതാക്കന്മാരുടേതാണ് രണ്ട് നമ്മുടെ സൂക്ഷ്മതയില്ലാതെ നമ്മുടെ പരിധിക്ക് നമ്മൾ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞത് പിശാദിൻ്റെ പല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് നമുക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളാണ് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നാലാമത് നമ്മൾ പറഞ്ഞത് ദൈവഹിതപ്രകാരം നമ്മൾ ഇന്ന് ഈ ലോകത്തായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ആക്കി വെച്ചിരിക്കുന്നിടത്തായിരിക്കുമ്പോൾ നമുക്ക് ഉള്ളിലെന്തുണ്ട് നെടുവീർപ്പുണ്ട് കണ്ണുനീരുണ്ട് കരച്ചിലുണ്ട് കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഹീസ് എ മാന ഓഫ് സോറോ വ്യസന പുത്ര ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നു കർത്താവിനെക്കുറിച്ച് കർത്താവ് ചിരിച്ചു അത് കണ്ടുകൊണ്ട് കർത്താവ് ചിരിച്ചു എന്ന് സുവിശേഷത്തിൽ ഒരിടത്ത് പോലും രേഖപ്പെടുത്തിയിട്ടില്ല ചിരിക്കാൻ കൊള്ളാവുന്ന പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവുകയല്ലേ പക്ഷെ കർത്താവ് ചിരിച്ചിട്ടുണ്ടാവും പക്ഷെ ചിരിച്ചെന്ന് ഒരിക്കൽ പോലും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല സുവിശേഷങ്ങളെ രേഖപ്പെടുത്തിയിട്ടില്ല കർത്താവ് കരഞ്ഞെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല ദാസന്റെ കല്ലറി വന്നപ്പോ കരഞ്ഞു നോക്കി കരഞ്ഞു കരഞ്ഞെന്നോ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് യേശുവിന്റെ ചരിത്രം കർത്താവിന്റെ ചരിത്രം ഓ പഴയ നിയമഭക്തം രേഖപ്പെടുത്തുമ്പം അവനെന്താ അവൻ അത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ എന്താ അവിടെ എന്താ വായിക്കുന്നത് ആയിരുന്നു എന്നുള്ളതിന് പകരം നമ്മൾ വായിക്കുന്നത് അവനൊരു ദുഃഖ പുരുഷനായിരുന്നു മാന ഓഫ് സോറോ കർത്താവിന് എന്താ ദുഃഖം കർത്താവിന് എന്തിനാ ദുഃഖിച്ചത് കർത്താവിന്റെ ദുഃഖം പലതും എന്തായിരുന്നു ദൈവഹിതപ്രകാരമുള്ള ദുഃഖമായി നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കെന്തുണ്ട് നമുക്ക് ഈ ലോകത്ത് നടക്കുന്ന പല തിന്മകൾക്കെതിരെ അല്ലെങ്കിൽ ലോകത്ത് വേണ്ട നമ്മളായിരിക്കുന്ന സഭ സഭകളിൽ അല്ലെങ്കിൽ സുവിശേഷ വിഹിത ഗോളത്തിൽ പിശാജു കൊണ്ടുവരുന്ന പലതരത്തിലുള്ള അഴിമതികൾക്കെതിരെ ജീർണതകൾക്കെതിരെ നമുക്കുള്ളിൽ എന്തുണ്ട് ഉള്ളിൽ ഞരക്കമുണ്ട് നിലവിളിയുണ്ട് വേദനയുണ്ട് ഇവിടെ ഇതാ ഈ പുരുഷന്മാരെ അവരെ നെടുവേർപ്പെട്ട് എസ് കെലിൻ്റെ പുസ്തകം ഒൻപതിൽ നാലിൽ നമ്മൾ വായിച്ചത് അവരുടെ കുറ്റം കൊണ്ടല്ല അവർക്ക് ഈ കരച്ചിൽ മറിച്ച് ദൈവഹിത പ്രകാരമുള്ള എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നു നമ്മൾ ആ പാകം വായിച്ചാൽ നിങ്ങൾ ആ ഈ എസ് കെൽ ഒക്കെ വായിക്കാറുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ എവിടെ വായിച്ചാലും നമുക്ക് സത്യത്തിൽ ദൈവത്തിൻ്റെ ആലോചന നമുക്ക് കിട്ടും അവിടെ എന്തു ചെയ്യുന്നു അവസാനം ദൈവത്തിൻ്റെ ന്യായവിധി ഈ ദേശത്തേക്ക് വന്നു ദേശത്തേക്ക് വന്നപ്പം ഇവരെ മാത്രം എന്തു ചെയ്തില്ല ഇവരെ മാത്രം കൊന്നില്ല നമുക്കത് വിശദമായിട്ട് പറയാൻ സമയമില്ലല്ലോ ഈ കാരണം എന്താ ഇവരുടെ മേലെന്തുണ്ടായിരുന്നു ഒരു അടയാളമിട്ടു നാലാം വാക്യത്തെ നമ്മൾ കണ്ടു ഈ കരയുന്ന പുരുഷന്മാരുടെ നെറ്റുകളിൽ ഒരു അടയാളമിടുക സംഹാരദൂതനവരെ തൊടാതിരിക്കാൻ ഒരു നമ്മൾ നേരത്തെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിലായിരുന്നപ്പം അവരുടെ കട്ടിളക്കാലൻ മേലും കുറുമ്പടി രക്തം കൊണ്ട് ഇട്ടു അടയാളം കണ്ടെടുത്ത് എന്ത് ചെയ്തില്ല സംഹാരദൂതം നശിപ്പിച്ചില്ലെന്ന് പറയുന്നത് പോലെ ദൈവം ആദ്യം എന്തോ ചെയ്തു ഈ കാലഘട്ടത്തിന് വേണ്ടി ഈ സമൂഹത്തിന് വേണ്ടി ഈ നാടിനു വേണ്ടി ദൈവഹിതപ്രകാരം കരയുന്ന ദൈവക്തരായ ആളുകളുടെ നെറ്റിയിൽ എന്തോ വിട്ടു ഒരു അടയാളം വിട്ടു പിന്നെ സംഹാരദൂതം വന്നപ്പം ഈ അടയാളമുള്ള ഒരാളെപ്പോലും ില്ല അവരെ സൂക്ഷിച്ചു പ്രിയപ്പെട്ടവരെ കണ്ടോ ഈ കരച്ചിൽ എന്തോ കരച്ചിലൊരു പ്രയോജനമുണ്ട് ഈ കരഞ്ഞ പുരുഷന്മാരെ നമ്മളിന് മുൻപ് വിചാരിച്ചു ഇവര് മടയന്മാരാണ് ഇവരാവശ്യമില്ലാത്ത കാര്യത്തിന് ഓരോരുത്തരുടെ കാര്യമൊക്കെ ഓർത്ത് കരയിഞ്ഞും നിലവിളിച്ച് വിരിക്കുകയാണ് എന്ന് വിചാരിച്ചു നമ്മളും നമ്മളായിരിക്കുന്ന ദേശത്തിന് വേണ്ടി പക്ഷപാതം ചെയ്ത് കരഞ്ഞും ദുഃഖിച്ചും സുവിശേഷ വിഹിത സഭകളിൽ ഇപ്പം നടക്കുന്ന പല കാര്യത്തിന് വേണ്ടിയുള്ള നമ്മുടെ ഞരക്കങ്ങളും ഒക്കെ ആളുകൾ പറയും ഇവർക്ക് വേറെ പണിയൊന്നും ഇല്ല ഇവർക്ക് അവരുടെ കാര്യം നോക്കിയിരുന്ന പോലെ വെല്ലൂറിനെ കാര്യത്തിന് ഓർത്ത് കരയേണ്ടി വല്ല കാര്യമുണ്ട് പക്ഷേ സഹോദര സഹോദരി നീ ഞാനും അങ്ങനെ ദൈവഹിത പ്രകാരം ദുഃഖിക്കുമ്പം നമ്മുടെ നെറ്റിമേലൊരു അടയാളമുണ്ട് ആ അടയാളം എന്ത് വരികയില്ല സംഹാരദൂതൻ വരികയില്ല എന്നൊരു ചിന്തയിലൂടെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാവുന്നതാണ് ഓ പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉണ്ടാകുന്ന ചില ദുഃഖങ്ങൾ ഈ നിലയിലുള്ള ദുഃഖങ്ങളാണ് അതുപോലെ തന്നെ നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പം ഈ ലോകത്തിൻ്റെ ആത്മാവിനെതിരെ അത് നമ്മളെ എന്തു ചെയ്യരുത് നമ്മളെ നശിപ്പിച്ച് കളയരുത് അത് നമ്മളെ ജയിക്കരുത് നമ്മളതിനെ ജയിക്കണം ഇതിനായിട്ടുള്ള വടംവലിയുടെ ഭാഗമായിട്ട് നമുക്ക് ദുഃഖങ്ങളുണ്ട് ഇല്ലേ നമ്മൾ ഈ ലോകത്തുള്ളപ്പം നമുക്ക് എന്തുണ്ട് പ്രലോഭനങ്ങളുണ്ട് ആ പ്രലോഭനങ്ങളിൽ നമ്മൾ പെട്ടുപോയാൽ എന്ത് പറ്റി വീണ് പോയി വീണുപോയി വീണു പോയാൽ പിശാജി ജയിച്ചു നമുക്ക് വിജയകരമായ ഒരു ജീവിതം നയിക്കി നയിക്കാനായിട്ട് കഴിയാതെ പോകും നമ്മൾ പരാജയപ്പെടും ആ പരാജയം ഉണ്ടാകരുതെന്ന് വെച്ച് പാവത്തിൻ്റെ മേൽ ജയത്തിനു വേണ്ടി നമ്മൾ നമ്മുടെ ആസക്തികളോട് നമ്മുടെ പ്രലോഭനങ്ങളോട് നമ്മൾ നിരന്തരം നോ നോ നോ എന്ന് പറയുമ്പം നമ്മളെന്തോ അറിയാം ഉള്ളിലൊരു വിഷമം അറിയാം പ്രലോഭനത്തോടെ യേശു പറയുമ്പോഴാണ് എന്തുള്ളത് സുഖമുള്ളത് സുഖമുള്ളത് പ്രലോഭനത്തോട് ലോന്ന് പറയുന്നു ഞാൻ ചിലപ്പോൾ പറയാറുണ്ടല്ലോ നമ്മുടെ ആൾക്കാരെ നമ്മളെ അടിമൂടി അങ്ങനെ ഇങ്ങനെ എല്ലാം അങ്ങ് പറയാം നമ്മളെ മോത്ത് നോക്കി ആക്ഷേപിച്ച് പറയും നമുക്കാണെങ്കിൽ എന്തുകൊണ്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ ഈ പുള്ളിക്കാരനെ മിണ്ടാതാക്കാനുള്ള കരുക്കളെല്ലാം നമ്മുടെ കയ്യിലുണ്ട് നമുക്കറിയാം ഈ ചങ്ങാതിയുടെ ചരിത്രമൊക്കെ നമുക്കും അറിയാം നമ്മളൊരു വാക്ക് പറഞ്ഞാൽ മതി ഈ മനുഷ്യൻ ഇപ്പം നമ്മളിത്രയും പേരെ ഒന്നു വെച്ചാൽ ആക്ഷേപിക്കുന്നു പക്ഷേ അത് അതിനെതിരെ നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിച്ച് ഒരു വാക്ക് പറഞ്ഞാൽ ഇപ്പം ആ പുള്ളിക്കാരൻ മിണ്ടടങ്ങുമെന്നുള്ളത് നമുക്കറിയാം പക്ഷേ അന്നേരത്തെ നമ്മുടെ മുമ്പിലുള്ള പ്രലോഭനം എന്താ അവൻ പറഞ്ഞതിനൊപ്പം അവനെ തിരിച്ചു പറഞ്ഞ് അവനെ മോശക്കാരനാക്കാനാണ് നമ്മുടെ മുമ്പിലുള്ള പ്രലോഭനം പക്ഷെ അങ്ങനെ പറഞ്ഞാൽ എന്തോ പറ്റും നമ്മളെന്താ ജഡരക്തങ്ങളോട് പോരാടുന്നവരായി പോവും യുടെ വ്യക്തങ്ങളോട് പോരാട്ടമില്ല നിങ്ങൾ പോരാടരുതെന്നു പറയുന്നത് അതുകൊണ്ട് പോരാട്ടം ഇല്ലാത്തതുകൊണ്ട് ആ കർത്താവിന്റെ വചനം അംഗീകരിച്ച് നമ്മൾ എന്തോ നമ്മൾ വായടക്ക് മിണ്ടാതിരിക്കും മിണ്ടാതിരിക്കുമ്പോ ഈ ബഹളമെല്ലാം കേട്ടോണ്ട് കൂടിയ ആൾക്കാരുടെ എല്ലാം മുമ്പേ നമ്മൾ ആരായി നമ്മൾ മട്ടനായി കണ്ടോ അങ്ങേ അത്രയും കാര്യം പറഞ്ഞിട്ട് എന്തെങ്കിലും ന്യായമുണ്ടായിരുന്നെ പുള്ളി പറയുകയില്ലായിരുന്നു അപ്പൊ പുള്ളിയുടെ ഭാഗത്ത് ഏതാണ്ടെല്ലാം കുഴപ്പമുണ്ട് ഇവ നമ്മള് വിചാരിച്ച പോലൊന്നുമല്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിലെല്ലാം നമ്മള് മോശക്കാരനായി മോശക്കാരനായപ്പം നമ്മൾ ആ രംഗത്ത് നിന്ന് പിന്നെ വരുമ്പോൾ നമ്മൾ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ചിന്തിച്ചാൽ അറിയാൻ കഴിയും അന്നേരം നമ്മൾ ഈ കാര്യമെല്ലാം വീട്ടിൽ വന്ന് ഭാര്യയോട് പറയുക എടി ഇന്ന പോലെയൊക്കെ ഉണ്ടായി ഇന്ന പോലൊക്കെ ഉണ്ടായി അന്നേരം നമ്മൾ എന്തോ പറയുന്നത് സത്യത്തിൽ അന്നേരം ഒരു വാക്ക് പറഞ്ഞായിരുന്നെങ്കിൽ ഏഹ് പറയാതിരുന്നുകൊണ്ട് എനിക്കെന്തുവാ ഒരു മരണം പോലെ അല്ലേ നമുക്ക് കരുക്കളുണ്ട് നമുക്ക് അതിനകത്ത് പറയാമായിരുന്നു കണ്ടോ ആ പ്രലോഭനത്തിന് മുമ്പാകെ നമ്മളും അതിനൊപ്പം പറഞ്ഞ പറഞ്ഞിരുന്നെങ്കിൽ നമുക്കുള്ളിൽ നിന്നൊരാശ്വാസം ആ ഞാനൊടുവിൽ ആ പുള്ളിയെ പറഞ്ഞ് ഏ നമുക്ക് ആശ്വാസം അങ്ങേയാരം പക്ഷേ അങ്ങനെ വന്നാൽ എന്ത് നമ്മൾ ആ പ്രലോഭനത്തിൽ വീട് പോയി പോരാടി പക്ഷേ ആ ജഡരക്തങ്ങളോട് പോരാടരുതെന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞില്ല പറഞ്ഞില്ലെങ്കിലും നമ്മളെന്തല്ല കല്ലും മരവും ഒന്നുമല്ല നമ്മളും വികാര വിചാരങ്ങളുള്ള മനുഷ്യരാ നമ്മുടെ ഉള്ളിൽ ആ സമ്മർദ്ദം അറിയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ പല കാര്യങ്ങൾ തിളച്ചു വരുന്നുണ്ട് നമ്മൾ അതിനോട് നോ നോ നോ എന്ന് പറയുമ്പം നമ്മൾ എന്തോ അറിയുക നമ്മളൊരു ദുഃഖമറിയ വേദന അറിയുക മരണമറിയ അല്ലേ അപ്പോൾ പ്രലോഭനത്തിന് കീഴടങ്ങുന്നിടത്താണ് സുഖമുള്ളത് പ്രലോഭനത്തോട് എതിർത്ത് നിൽക്കുന്നിടത്താണ് വേദനയുള്ളത് നമുക്ക് ഈ ലോകത്തെ കഷ്ടപ്പാടുകൾ ഇങ്ങനെയൊക്കെയാണ് ഇനിയും പല കാര്യങ്ങൾ പറയാനുണ്ട് സമയം പോയല്ലോ നമ്മൾ പ്രിയപ്പെട്ടവർ നമ്മൾ നമ്മളൊരു വിഷയമാണ് പറഞ്ഞു വരുന്നുണ്ട് ഈവനിച്ചാൽ അടുത്ത ആഴ്ച എൻ്റെ ബാക്കിയോടെ പറഞ്ഞ് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കണം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ നമുക്കുള്ള ഇന്ന് വിശ്വാസിയായ ആൾ കഷ്ടപ്പെടുന്നതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം ആ ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു അതാണ് ഒരു കാര്യം രണ്ടാമത് നമ്മൾ വിശ്വാസികളാണെങ്കിലും നമുക്കൊരു ഇമ്മ്യൂണിറ്റി ഇല്ല നമ്മൾ നമ്മുടെ പരിധിക്കുള്ളിൽ നിൽക്കണം പരിധി കടന്നാൽ മതിൽ പൊളിച്ചാൽ പാമ്പ് കടിക്കും ഓ വിതച്ചാൽ കൊയ്യും അതുകൊണ്ട് നമ്മൾ നമ്മളാക്കി വെച്ചിരിക്കുന്നിടത്ത് നിൽക്കണം അങ്ങനെ നമ്മൾ വിതച്ചതിൻ്റെ ഫലമായിട്ട് ചില കൊയ്ത്തുകൾ ചില കഷ്ണങ്ങൾ നമുക്കുണ്ടാകാം മൂന്നാമത് നമ്മൾ പറഞ്ഞത് നമ്മൾ പറഞ്ഞത് ഈ നിലയിൽ നമ്മൾ ഇന്ന് ലോകത്തായിരിക്കുമ്പോൾ നമുക്കൊരു പ്രതിയോഗിയുണ്ട് നമ്മളെ ഒന്നാം നമ്പർ ശത്രുവായിട്ട് കാണുന്ന ഒരുവനുണ്ട് അവൻ ഇരുപത്തി മണിക്കൂറും നമുക്കെതിരെ കരിക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവം ചിലത് അനുവദിക്കും ചിലത് അനുവദിക്കുന്നത് ആത്യന്തികമായിട്ട് നമ്മുടെ നന്മയ്ക്കും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനുമാണ് എന്നാലും അവനുള്ളത് കൊണ്ടാണല്ലോ ഈ കഷ്ടങ്ങൾ വരുന്നത് അപ്പോൾ ഈ കഷ്ടങ്ങളുടെ ഒരു കാരണം അവനാണ് സാത്താനാണ് എന്നുള്ള കാര്യം നമ്മൾ ആ കാര്യം പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ലോകം ജഡം പിശാചം രണ്ടാമത് നമ്മൾ ഈ ലോകത്തായിരിക്കുന്നത് ഈ ലോകത്തായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ ബ്ലേച്ഛതകൾ കാണുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ഒരു മനുഷ്യനാണ് ഞാനും നിങ്ങളുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വേദനകളുണ്ട് ആ വേദനയാണ് ഒരു തരത്തിലൊരു ഒരു തരത്തിലുള്ള വേദന പക്ഷെ ആ വേദന നല്ലതാണ് കാരണം ആ വേദനയുള്ളവരുടെ നെറ്റിയിലാണ് അടയാളമിടുന്നത് സംഹാരകനാൽ നശിപ്പിക്കപ്പെട്ടു പോകാതെ നമ്മളെ അത് സംരക്ഷിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ നോക്കുക നമ്മൾ ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ കൂടി ഈ ലോകത്തുള്ള മനുഷ്യർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു നമുക്ക് വരെ പണിയില്ല അപ്പോൾ വേറെ പണിയില്ല അവിടെ ആളിനു വേണ്ടി പ്രാർത്ഥിച്ചു മറ്റേ ആളിനു വേണ്ടി പ്രാർത്ഥിച്ചു ബ്രവറാണെങ്കിൽ എഴുതിയിട്ട് ഓ വയനാട്ടിലെ സിന്ധു സഹോദരി ഏതാ പണ്ടൊരിക്കലും ഞാനിവിടെ പറഞ്ഞതാണ് ആ കാര്യം വരെ ബ്രവർ പ്രാർത്ഥിച്ചു ഇടയിൽ പറയുക ആ സൗകര്യക്ക് വേണ്ടി നമ്മൾ ഇവിടെ വയനാട്ടിൽ നിന്ന് സഹോദരന്മാർ ഇവിടെ വന്നിരുന്നു അവരുടെ അടുത്ത് പറഞ്ഞു വിട്ട് അവർ ആ സൗകര്യമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അവളെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട നിലയിൽ കൊണ്ടുപോകാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തു നമ്മളെ കൊണ്ടാകുന്ന ഒരു കാര്യം അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളും വേറെ വയനാട്ടിലുള്ള ഒരാളും തിരുവനന്തപുരത്തുള്ള ഒരാളും ഒക്കെ തമ്മിൽ നമ്മളെന്തോ ബന്ധം നമ്മ ഒരാളും സമയം നമ്മുടെ അമ്മാവിനോ അളിയാലോ വല്ലതും ആണ് ഇത്രയാളു നിങ്ങൾ എന്തിനായി ഇത്രയും വിഷമിക്കുന്നു നിങ്ങളുടെ അമ്മാവിനും വളിയനും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടേ ഉള്ളൂ അമ്മാവിനും ആണെങ്കിൽ നമ്മളിവിടെ വിഷമിക്കണം അമ്മാവിനും അളിയിലും അല്ലാത്തവരെ എല്ലാം അങ്ങ് എഴുതി തള്ളാം പക്ഷെ നമ്മൾ എന്തിനാണ് അങ്ങനെ വിഷമിക്കുന്നു പ്രിയപ്പെട്ടവര് പ്രിയപ്പെട്ടവര് അതിൻ്റെ അകത്തൊരു നന്മയുണ്ട് അതാണ് നമ്മൾ പറഞ്ഞത് എസ് പുസ്തകത്തിലെ ആ വാക്യം നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ പോയി ആ പാകങ്ങൾ ധ്യാനിക്കുക ഒൻപതാം അധ്യായത്തിൻ്റെ നാല് മുതലുള്ള വാക്യങ്ങൾ ധ്യാനിക്കുക ഇതിൻ്റെ അകത്തൊരു നന്മയുണ്ട് ദൈവം നമ്മളെ ഇടിവിൽ നിൽക്കാനായിട്ട് വിളിച്ചിരിക്കുന്നെങ്കിൽ മധ്യസ്ഥത പറയാനായിട്ട് വിളിച്ചിരിക്കുന്നെങ്കിൽ മധ്യസ്ഥത പറയുന്ന ആളിനും ഇടിവിൽ നിൽക്കുന്ന ആളിനും വിഷമങ്ങളുണ്ട് വേദനകളുണ്ട് പക്ഷേ ആത്യന്തികമായിട്ട് ദൈവമെന്താ ദൈവം ആരുടെയും കടക്കാരനല്ല ദൈവം എന്തു ചെയ്യും ദൈവം അത് നന്മയ്ക്കാക്കി തീർക്കും നമ്മുടെ നെറ്റിമേലൊരടയാളം ഇടും സംഹാരകൻ നമ്മളെ കടന്നു പോകും അങ്ങനെയൊരു ചിന്തയോടെ നമ്മൾ അവിടെ നിന്നെടുക്കും ആ അപ്പോൾ ഈ ലോകത്തായിരിക്കുന്നതാണ് നമ്മുടെ കഷ്ടങ്ങളുടെ മറ്റൊരു കാരണം അതുപോലെ തന്നെ ഈ ലോകത്തായിരിക്കുന്നത് കൊണ്ടാണ് പാപത്തിൻ്റെ ജയത്തിനു വേണ്ടി നമുക്ക് ഇത്രയേറെ ഇത്രയേറെ പ്രയാസപ്പെടേണ്ടി വരും അതിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞു വിജയകരമായി ജീവിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളോട് നോ നോ എന്ന് പറയുന്നുണ്ട് പ്രലോഭനങ്ങളോട് നോ എന്ന് പറയുന്നുണ്ട് പക്ഷെ ആ നോ പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ ഒരു നോർക്കോ വേദനയെ മാറിയുന്നത് നമ്മുടെ വേദനയ്ക്കുള്ള കാര്യം എന്താ ദൈവഹിതപ്രകാരം വിജയകരമായ ഒരു ജീവിതത്തിന് വേണ്ടി ഉള്ള ഒരു കാര്യം ആ വേദനയെ അറിയുന്നത് പക്ഷേ ആ വേദന അറിയേണ്ടി വന്നത് ഈ വീണ്ടെടുക്കപ്പെടാത്ത ലോകത്ത് നമ്മളായതുകൊണ്ട് ഈ ലോകവും അതിൻ്റെ പ്രലോഭനങ്ങളും ഉള്ളിടത്തായതുകൊണ്ടാണ് നമുക്ക് ആവേശം അറിയുന്നത് അപ്പൊ അതിൻ്റെ കാരണം നമുക്ക് ആ കാരണം ഈ ലോകമാണ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനിയും കാരണങ്ങൾ പറയാനുണ്ട് അതുപോലെ തന്നെ ഈ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് അതുപോലെ തന്നെ ഈ വേദനകളിൽ നിന്നുള്ള വിടുതൽ എങ്ങനെയാണ് എന്നിങ്ങനെ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് അടുത്ത ആഴ്ച പറഞ്ഞാൽ നമുക്ക് ഈ ചിന്തകൾ അവസാനിപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം ഹാലേലുവിയ ഹാലേലുവിയ ഹാലേലുവിയ പ്രിയപ്പെട്ടവരെ ദൈവസന്നിധിയിലെ നമുക്കിന്നും ആയിരിക്കാനായിട്ടിടയായല്ലോ ദൈവസന്നിധിയാണ് നമ്മുടെ ആനന്ദം ഹാലേലുവിയ അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് സന്തോഷമില്ല